സങ്കീർത്തനം ഗോവിന്ദ ജന്മാന്വയാതി തരതുക അഭിജ്ഞസ്വരാട് തേ മേ ബ്രഹ്മഹൃദി വേ മുഹ്യത്തിയത്സൂരയഹ തേജോ വാരിമൃതം യഥാവിനിമയോ എത്രസർഗോ മൃഷാ ാസ്വന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാം സതാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദ്രോന്മൂലനം ശ്രീമദ്ഭാഗവത്തെ മഹാമുംവാഹര സദ്യോഹൃവരുദ്ധ്യത്തെ അത്ര ശുശ്രൂഷിക്ഷത് ോർഗളിതം ഫലം ശുഗമുഖാത് അമൃത്രവ സംയുജം പലയം മുഹുരോര ഭുവി ഭാവുക്കാ യംബ്രവ്രജന്തപേതമപേതകൃത്യൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരഭോഭിനേതുഹൂതം സർവഭൂതഹൃദയം മുനിമാനത്ത യനുഭാവമിലശ്രുതിസാരധ്യാത്മദീപം അതിഥിതീർഷമോന്ധം സംസാരണ കരുണയാണഗുഹ്യം താസസൂനു മുപയാമു ഗുരു മുനീ സച്ചിദാനന്ദയ വിശ്വോത്പത്തഹേതേ തയ വിനാശാ ശ്രീകൃഷ്ണ വയം നമു ജീവിത പരമമായ ഒരു ലക്ഷ്യമുണ്ട് അതെല്ലാവർക്കും അറിഞ്ഞോ അറിയാതെയോ എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ബോധമുണ്ട് സുഖം വരണം ദുഃഖം വരരുത് എന്നൊരു ഭാവം എല്ലാവരുടെ ഉള്ളിലും അവ്യക്തമായിട്ട് കിടക്കണോ സുഖത്തിന് ലോകം സാധാരണ ചെയ്യുന്ന രണ്ട് കാര്യം ഒന്ന് ആഗ്രഹങ്ങളെ പൂർത്തി ചെയ്യാം രണ്ട് ആഗ്രഹപൂർത്തിക്കായിക്കൊണ്ട് ധനം സമ്പാദിക്കാം അർത്ഥ കാമപൂർത്തി ഈ ഒരു ചക്രം ലോകത്തിൽ എവിടെ നോക്കിയാലും നിങ്ങളൊന്ന് കണ്ടു തുറന്ന് നോക്കിക്കൊള്ളുക കാണാം ധനം സമ്പാദിച്ചാലേ എൻ്റെ ആഗ്രഹമൊക്കെ പൂർത്തിയാവുള്ളൂ അതിനുവേണ്ടി ധനം സമ്പാദിക്കും ധനം പല രൂപത്തിൽ പണമായിട്ടോ അല്ല സ്വർണ്ണമായിട്ടോ എന്തെങ്കിലും വിധത്തിൽ ധനസമ്പാദനം ഉണ്ടായി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തി ചെയ്യാം അപ്പോ അർത്ഥ അർത്ഥോപാർജനം കാമപൂർത്തി ഇത് വേണം എന്ന് പോലും ശാസ്ത്രവും പറയേണ്ട ആവശ്യമില്ല വേണോ ഏതെങ്കിലും ശാസ്ത്രം പറയണോ നമ്മളോട് ഊണ് കഴിക്കൂ എന്ന് പറയണോ വേണമോ ഏതാവത് ശാസ്ത്രത്തിലെ നിങ്ങ സാപ്പിടുങ്ങോന്ന് ചൊല്ലിയക്കോ ഏതാവത് ശാസ്ത്രത്തിലെ നിങ്ങ ദാഹം വന്നതാണ് ജലം സാപ്പിടുങ്ങോ അപ്പൊക്കോ ആ എന്ത ശാസ്ത്രവും ചല്ലാട്ടാലും നമ്മ ദാഹിച്ചാ ജലം ഇല്ലേ കാപ്പി സാപ്പിടുവോ ടീ സാപ്പിടുവോ സമയൽ പണി സാപ്പിടുവോ നമുക്ക് നന്ന രുചിയാതെല്ലാം സാപ്പിടുവോ ഇത് ശാസ്ത്ര വിധി വേണ്ട സഹജമേ ഇക്ക് അത് നമുക്ക് ഇരിക്കാ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അതിന് ഒരു ശാസ്ത്രത്തിന്റെ ആവശ്യം ഇല്ല അതേപോലെ പണം സമ്പാദിക്കൂ എന്ന് പറയാനും ഒരു ശാസ്ത്രം ആവശ്യമില്ല ആരെങ്കിലും ഏതെങ്കിലും വേദത്തിൽ പറഞ്ഞതുകൊണ്ടാണോ ഇപ്പൊ എല്ലാവരും ശാസ്ത്ര പണം സമ്പാദിക്കുന്നത് വേദത്തിൽ പണം സമ്പാദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആളുകൾ ജോലിക്ക് പോണതും ലക്ഷം ലക്ഷമായിട്ട് സമ്പാദിക്കുന്നതും വേദം മുഴുവൻ നിഷേധിച്ചാലും നിങ്ങളാരും നാളെ മുതൽ പണം സമ്പാദിക്കരുതെന്ന് ഒരു പക്ഷേ വേദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ പോലും സമ്പാദിക്കും സ്വാമി രാമതീർത്ഥം പറയും ഒരു ഈ മുസ്ലിം മുസ്ലിംസിന് മദ്യപാനം അരുത് എന്ന് നിഷേധിച്ചിട്ടുള്ളതാണ് ഒരു മുസ്ലിം മദ്യപാനം ചെയ്തു പോകുമ്പോ അവരുടെ ഒരു മുല്ല വരുന്നു മുല്ല വഴിയിൽ കണ്ട് ചോദിച്ചു താൻ എന്താണോ ചെയ്യണത് മദ്യം കുടിക്കരുത് എന്ന് നബി വിലക്കിയിട്ടുണ്ട് പിന്നെ എന്തിനാ കുടിക്കണത്തെന്ന് ചോദിച്ചു അയ്യോ ഞാൻ ഖുറാനിൽ പറഞ്ഞ പോലെയാണോ ചെയ്യണത് ഖുർനിൽ എവിടെയാ പറഞ്ഞിരിക്കണത് അയാൾ എടുത്ത് കാണിച്ചു കൊടുത്തു ഖുറാനില് ഖുറാനിൽ എന്താ പറഞ്ഞിരിക്കണതെന്ന് വെച്ചാൽ മദ്യം കുടിക്കൂ നീ നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ടുണ്ടത്തെ അപ്പോ ഇത് മുഴുവൻ വായിക്കൂ അയാള് പറഞ്ഞു ഖുറാൻ മുഴുവനും ഒന്നും ഇപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഞാൻ അതിന്റെ ആദ്യ വശം പ്രാക്ടീസ് ചെയ്യാണ് ആദ്യത്തെ ഭാഗം എന്നിട്ട് വേണ്ട രണ്ടാമത്തത് കുടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വാക്കു മാത്രമാണ് ഇപ്പൊ ഞാൻ എടക്കണത് ഇതാണ് അർദ്ധചരതീയം ഗൃഹ്യത്തെ ഇന്ന് നമ്മളുടെ ഋഷികൾ പറയും ആചാര്യസ്വാമികൾ അർദ്ധചരതീയ ന്യായം എന്നിതിന് പറയും അതായത് അതിന് ആചാര്യസ്വാമികൾ ഉദാഹരണം പറയുന്നത് ഒരാള് പകുതി കോഴിയെ മുട്ടയിടാൻ വെച്ചോത്രെ പകുതി കോഴിയെ ഭക്ഷിച്ചോത്രെ അതുപോലെ അർദ്ധചരതീയ ന്യായം അപ്പോ അതുപോലെ വേദം പറയേണ്ട ആവശ്യമില്ല വേദം ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ളതൊക്കെ നമ്മൾ വേദത്ത് നിന്ന് എടുക്കും നമ്മളുടെ ആഗ്രഹത്തിന് പൂർത്തി ചെയ്യാനായിട്ടും അതിനനുസരിച്ച് ധനസമ്പാദനത്തിനൊന്നും വേദം പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യും അപ്പോ നമ്മൾ സാധാരണ കുറച്ചൊക്കെ ശാസ്ത്ര പരിചയമുള്ളവരോട് ചോദിച്ചാൽ നാല് പുരുഷാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ക്രിസ് മത്സരത്തിൽ ചോദിച്ചാൽ സംശയം പറയും ധർമ്മം അർത്ഥം കാമം മോക്ഷം ഒട്ടും പറയും അതുമാത്രമല്ല നമ്മൾ എല്ലാരോടും പറയും അർത്ഥകാമം പുരുഷാർത്ഥത്തിൽ എന്നൊരു ചൊല്ലുകൂടെ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അതിന് ശ്രമിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അർത്ഥകാമങ്ങളെയും കൂട്ടിച്ചേർക്കണം പുരുഷാർത്ഥത്തിൽപ്പെട്ടതാണെന്ന് അർത്ഥകാമങ്ങൾ പുരുഷാർത്ഥത്തിൽപ്പെട്ടവയല്ല അർത്ഥകാമങ്ങൾ പുരുഷാർത്ഥത്തിൽപ്പെട്ടവയല്ല അർത്ഥകാമങ്ങൾ മനുഷ്യന്റെ ഉള്ളിലുള്ള അവിദ്യയാണ് അജ്ഞാനമാണ് കാമം കാമത്തിൻ്റെ ഒരു രൂപമാണ് അർത്ഥം കാമത്തിനെ പൂർത്തി ചെയ്യാം കാമം എന്ന് വെച്ചാൽ നിങ്ങളാരും സ്ത്രീ പുരുഷ ബന്ധം മാത്രം ധരിക്കേണ്ട എന്ത് ആഗ്രഹവും കാമം എന്ന് വെച്ചാൽ ആഗ്രഹം എന്ന അർത്ഥവും എന്താഗ്രഹവും ഏതാഗ്രഹവും കാമമാണ് ആഗ്രഹങ്ങൾ പൂർത്തി ചെയ്യാനായിട്ട് അർത്ഥം പണസമ്പാദനം ധനസമ്പാദനം അപ്പൊ ഇത് രണ്ടും മനുഷ്യന്റെ ഉള്ളിൽ വളരെ ആഴത്തിലേക്ക് കടക്കുന്നു ഇതിനെ ഒരു ശാസ്ത്രവും നിഷേധിച്ചിട്ട് ഒരു കാര്യവുമില്ല ഋഷികൾ മനസ്സിലാക്കി അപ്പൊ അവരെന്ത് ചെയ്തു ഇതിന് ഒരു കടിഞ്ഞാണിട്ടിട്ടില്ലെങ്കിലും ഒരു നിയന്ത്രണം ചെയ്തിട്ടില്ലെങ്കിൽ ഈ ജീവൻ ഒരിക്കലും ചിത്തശുദ്ധി നേടുകയില്ല ചിത്തശുദ്ധി നേടിയിട്ടില്ലെങ്കിലോ ഭഗവത് പ്രാപ്തി ഉണ്ടാവുകയില്ല ജീവന് ഭഗവത് പ്രാപ്തി ഉണ്ടാവണമെങ്കിൽ ഭഗവത് പ്രാപ്തി എന്ന് വെച്ചാൽ എന്താ വൈകുണ്ഠത്തിൽ പോയിട്ട് മരിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്കൊന്നും വേണ്ടി ഭഗവത് പ്രാപ്തി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ തികഞ്ഞ ശാന്തി ഭഗവാന്റെ സ്വരൂപം തന്നെ ശാന്തിയാണ് ആനന്ദം പരിപൂർണമായി തൃപ്തി പൂർണ്ണത ആ പൂർണ്ണത ഈ ജീവൻ ഒരിക്കലും ഉണ്ടാവില്ല ഈ ധർമ്മത്തിലും അർത്ഥത്തിലും കാമത്തിലും പെട്ടുപോയാ അതുകൊണ്ട് ഈ അർത്ഥകാമങ്ങൾക്ക് ഓടാനായിട്ട് ഒരു ട്രാക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് ധർമ്മം അങ്ങനെ നോക്കുമ്പോൾ ധർമ്മം പോലും പുരുഷാർത്ഥമല്ല ധർമ്മം ഒരു കടിഞ്ഞാൺ അത്രയുള്ളൂ നിയന്ത്രണം അത്രയേ ഉള്ളൂ ധർമ്മം ധർമ്മം പോലും പുരുഷാർത്ഥമല്ല ധർമ്മം ഒരു കടിഞ്ഞാണിട്ട് കൊടുക്കണം ഒരു ട്രാക്ക് ഒരു റെയിൽ ട്രെയിൻ ഓടാനായി ട്രാക്കിട്ട് കൊടുക്കണ പോലെ പണം സമ്പാദിക്കാനും ട്രാക്ക് ഭോഗം അനുഭവിക്കാനും ട്രാക്ക് ഇട്ട് കൊടുത്തു എന്താ ധർമ്മം ധർമ്മം ഭഗവാൻ ഗീതയില് ധർമ്മത്തിന് എളുപ്പത്തിലുള്ള വ്യാഖ്യാനം ധർമ്മം എന്താന്ന് നമ്മള് ബാഹ്യമായി ചിന്തിച്ചാൽ പിടികിട്ടുകയേ ഇല്ല എൻ എങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള വാസനകൾ ഒഴിഞ്ഞു പോകുമോ പുതിയതായി വാസന ഉണ്ടാവുകയില്ലയോ അതാണ് ധർമ്മം രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരന് ആത്മവിശ്യയിൽ വിധേയാത്മാ പ്രസാദം അധികച്ചതി രാഗദ്വേഷങ്ങൾ പോയി ചിത്തം ശുദ്ധമായി പ്രസന്നമാവാൻ നമ്മളെ സഹായിക്കുന്നതാണ് ധർമ്മം അപ്പൊ ധർമ്മവും പുരുഷാർത്ഥ അല്ല പിന്നെ എന്താണ് പുരുഷാർത്ഥം ധർമ്മ ഹ്യപവർഗ്യോ ധർമ്മ ഹ്യപവർഗ്യാർ അർയോപകൽ നർസ്യ ധർമ്മൈക്കാമോ ലാഭായ കാമസ പ്രീതിർലാഭോ ജീവേതയാവതാ ജീവസാസോ യേഹ കർമ്മി ശ്രീ സൂതമഹാമുനി ഭാഗവതം പറയാൻ ആരംഭിക്കുമ്പോ തന്നെ ഈ ഒരു കാര്യം നമുക്ക് ക്ലിയറാക്കി തരുകയാണ് ധർമ്മസ് ഹി അപവർഗ്യ ധർമ്മം എന്തിനുള്ളതാണ് എന്ന് വെച്ചാൽ ധാർമ്മികമായി ജീവിച്ചാൽ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ അല്പല്പം പൂർത്തി ചെയ്യുകയും ചെയ്യും നമ്മള് ഇനി ആഗ്രഹം പൊട്ടിമുളയ്ക്കാത്ത വിധത്തിൽ മനസ്സ് പതുക്കെ പതുക്കെ ശമിച്ചു കിട്ടി ഭഗവത് അഭിമുഖമായിട്ട് തീരാൻ സഹായിക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ് ധർമ്മം അതിനുവേണ്ടി അർത്ഥം സമ്പാദിക്കുക പക്ഷെ അർത്ഥോ അർത്ഥായോപകൽപതെ പണം പണം സമ്പാദിക്കാൻ വേണ്ടിയായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോ അല്ലെ എന്തിനാണെന്നറിയില്ല സമ്പാദിച്ചുകൊണ്ടേ ഇരിക്കുക അത് കഴിഞ്ഞിട്ടിപ്പോ അതെന്ത് ചെയ്യും ഒന്നും അറിയില്ല ഇപ്പൊ നമ്മളുടെ കുട്ടികളൊക്കെ സമ്പാദിക്കുന്നത് കണ്ടാൽ ഞെട്ടിപ്പോകും ഒരു കോടി രൂപയൊക്കെ ശമ്പളം വാങ്ങുന്നവരുണ്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും രാവിലെ പിന്നെ നമ്മളെ പോലെ ഇറ്റലിയും ദോശയൊക്കെ തന്നെ തിന്നണം ഒരേപോലെ ചോറും കറിയും ഒക്കെ തന്നെ കഴിക്കണം ആ നൂറ് ഉറുപ്പ നോട്ട് കെട്ടൊന്നും തിന്നാൻ പറ്റില്ലല്ലോ അല്ലെ എല്ലാം ഒരേപോലെ തന്നെ പക്ഷെ ഈ പുറമേക്ക് ഒരു ഭ്രമം എന്നാ അർത്ഥോ അർത്ഥായോ കൽപ്പത്തെ ഒരു മെസ്സേജാണ് നമുക്കിതൊരു സന്ദേശമാണ് പ്രത്യേകിച്ച് ഈ കാലത്തിനുള്ളൊരു സന്ദേശമാണ് എന്നാ അർത്ഥവും അർത്ഥായോപകൽപ്പത്തെ അതാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത് അർത്ഥം അനർത്ഥം ഭാവയനിത്യം നാസ്തി തതസു കലേശ സത്യം പുത്രാദപി ധനഭാജാം ഭീതി സർവത്രേഷ വിഹിത ഭീതി അർത്ഥം അനർത്ഥമാണോ സൂക്ഷിച്ചോളാന്നാണ് എന്നുവെച്ചാൽ പണം സമ്പാദിക്കേണ്ട പണം സമ്പാദിക്കാതെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വരാൻ പറ്റുമോ ഭാഗവതം കേൾക്കാൻ പറ്റുമോ ഇവിടെ ഏർപ്പാടാക്കാൻ പറ്റുമോ പണമില്ലെങ്കിൽ അപ്പോ പണത്തിനോടുള്ള വിരോധമോ അർത്ഥത്തിനോടുള്ള വിരോധമല്ല അർത്ഥം അർത്ഥത്തിന് വേണ്ടിയാവരുത് പണം പണം സമ്പാദിക്കാൻ വേണ്ടിയായാൽ അപകടമായി പോവും വെറുതെ ഒരു കാരണവും ഒരു ഉദ്ദേശവും ഇല്ലാതെ കൂട്ടിക്കൊണ്ടേയിരിക്കാം പിന്നെ അർത്ഥം എന്തിനാ ഞങ്ങളുടെ ആഗ്രഹവും പൂർത്തി കാമം അല്ല അതിൻ്റെ ലാഭം കാമശന ഇന്ദ്രിയ പ്രീതില്ലാഭ ഭഗവാൻ ഗീതയിലൊരു അപകടമായിട്ടൊരു വാക്ക് പറഞ്ഞുവെച്ചു എന്താന്ന് വെച്ചാൽ ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരദർഷഭ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമൊക്കെ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു ഭഗവാൻ ഗീതയിൽ അപ്പൊ ആളുകൾ എന്ത് ചെയ്യും ധർമ്മത്തിന്റെ ഡെഫിനേഷൻ മാറ്റി മാറ്റി എഴുതിക്കൊണ്ടിരിക്കും എന്നുവെച്ചാൽ ഞങ്ങളുടെ ആഗ്രഹം എത്ര കണ്ടു പോണോ അത്ര കണ്ട് ധർമ്മത്തിന് വ്യാപ്തി കൊടുത്തുകൊണ്ടേയിരുന്നാൽ എനിക്ക് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കാം സാധിച്ചുകൊണ്ടേയിരിക്കാം കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാം വ്യാഖ്യാനങ്ങളൊക്കെ ഇങ്ങനെയാണ് ധർമ്മത്തിന് അവിരുദ്ധമായ കാമം എന്ന് വെച്ചാൽ ഏത് കാമം അനുഭവിക്കുന്നത് കൊണ്ട് രാമകൃഷ്ണ പരമംസർ ഒരിക്കൽ പറഞ്ഞു അദ്ദേഹത്തിനൊരാഗ്രഹം തോന്നിയത്രേ ചെറിയ ആഗ്രഹം എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ നല്ലൊരു സാൽവ പുതയ്ക്കണം പട്ടു സാൽവ പുതയ്ക്കണം എന്ന് തോന്നിയത്ര വലിയ വലിയ ജമീന്ദാർമാരെ പോലെ ഉടനെ ഒരു ഭക്തൻ അത് വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് ഒരു ഈ ബംഗാളികളൊക്കെ പുകവലിക്കും ഒരു ട്യൂബ് വെച്ചിട്ട് അത് വെച്ചുകൊണ്ട് ഹുക്ക എന്ന് പറയവര് അുക്ക വലിക്കണം എന്ന് തോന്നിന്ന് അതു അദ്ദേഹം ഏർപ്പാടാക്കി കൊടുത്തു എന്നിട്ടൊരു മധുരപലഹാരം തിന്നണം എന്ന് തോന്നി അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഇതൊക്കെ കൂടെ സാൽവയൊക്കെ പുതച്ച് ഇരുന്ന് ആ ജമീൻദാർമാരെ പോലെ ഒരു കാൽ മേലെ കാലിട്ടിരുന്ന് ഹുക്ക വലിച്ച് മനസ്സിനോട് പറഞ്ഞു അത്രേ മനസ്സെ ഇതാണ് സാൽവ് പുതയ്ക്കുന്ന് പറയണത് മനസ്സെ ഇതാണ് ഹുക്ക വലിക്കുക എന്ന് പറയണത് ഇതാണ് ഈ മധുരപലഹാരം തിന്നല് ഇതിലെന്തുകൊണ്ട് ഇത് കുറച്ചു നേരം കഴുത്തിന് ചുവട്ട് പോയി കഴിഞ്ഞാൽ ഒക്കെ പോയി ഇതിലൊന്നും ഒരു രുചിയില്ല ഇത് വെറും ഭ്രമമാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ സാൽവ് പിച്ചി ചീന്തി കളഞ്ഞു ഇതാണ് ഇതാണ് കാമ ധർമാവിരുദ്ധ കാമം അതായത് ആ കാമം വിവേകത്തോടുകൂടെ അതിലൂടെ കടന്നു കഴിയുമ്പോൾ അത് അവസാനിക്കുകയാണെങ്കിൽ അതിന് ധർമാവിരുദ്ധ കാമം പേര് അത് പിന്നെയും തുടരുകയാണെങ്കിൽ ഈ സാൽവ പോരാ മറ്റൊരു സാൽവ വേണം തോന്നുകയാണെങ്കിൽ അത് ധർമാവിരുദ്ധ കാമല്ല ഒക്കെ അവസാനിപ്പിക്കലാണെന്ന് നമ്മളൊക്കെ വന്നിരിക്കുന്നത് അവസാനിപ്പിക്കാനാണ് അടുത്തത് പിന്നെ എന്തിനാപ്പോ ഈ ധർമ്മവുമല്ല അർത്ഥവുമല്ല കാമവുമല്ല പിന്നെ എന്താ ജീവിത ലക്ഷ്യം ജീവേത യാവതാ തത്വജിജ്ഞാസ അർത്ഥോ യശേഖ കർമ്മഭി ബാക്കി ഒരു കർമ്മം കൊണ്ട് ഒരു പ്രയോജനമില്ല പിന്നെ എന്താ ജീവിത ജീവിത ലക്ഷ്യം തത്വജിജ്ഞാസ ഭഗവത്തത്വം പരമാത്മതത്വം ഭഗവാൻ എന്താണ് ഭഗവത് സ്വരൂപം എന്താണെന്ന് അറിഞ്ഞ് അനുഭവിക്കണം തത്വജിജ്ഞാസയാണ് ജീവിതത്തിന് ഒരേ ഒരു പാരമാർത്ഥികമായ ഒരേ ഒരു ലക്ഷ്യം ഭഗവത്തത്വം എന്താണെന്ന് അറിയണം Nadu, we are talking about Tamil people. If we talk about Tamil in Malayana, we are talking about Tamil. We are talking about Tamil. If kind of we go to Malayana, we are talking about Tamil. But, in reality, the devil is not going to go to Malayana. അത് മാറ്റി നമ്മൾ അത് വെയിലെ വര മു മാറ്റി ആഗവാനെ പിടിച്ച് നമ്മൾ ഏതാവ് ആശയ അനുഭവിച്ചോ അത് ആശയ തീർന്നു പോയിടും ഭഗവത് ഭക്തിയോട് അനുഭവിക്കോമാണ് തീർന്നു പോയിടും എന്നാ നമ്മളെ തീർന്നു പോക വെക്കുന്നത് ഭഗവാനോട് പൊറപ്പായിടും ഇന്ന് ആശയ തീർന്നു ചിത്തം ശുദ്ധമാച്ചാ ഭഗവത് പ്രാപ്തി വേണം തത്വ ജിജ്ഞാസെ ഉള്ള പരമാത്മ തത്വത്തെ തെരിച്ചുക്കണം ആത്മസാക്ഷാത്കാരത്തെ അടയണം ഇങ്ങനെ സാപ്പിടത് തൂങ്ങുന്നത് മാത്രം പോരാത് അത് ഒരു വേലർക്ക് ഒരു ഭാവം ഉള്ളവരും വദന്തി തത്വവിധ തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതീ ശബ്ദത്തെ ആ പരമാത്മ തത്വത്തിന് ബ്രഹ്മം എന്ന് പറയണു ഭഗവാൻ എന്ന് പറയണു പരമാത്മാ എന്ന് പറയണു പേരെ വ്യത്യാസമുള്ളൂ നമ്മൾ ആ പേര് വെച്ചുകൊണ്ടാണ് ഇപ്പൊ ലോകത്തിലെ അടിബഹളം ചണ്ടയൊക്കെ നടക്കണത് യേശുക്രിസ്തു എന്ന് പറയണു ഹള്ള എന്ന് പറയണു അഹൂർ മസ്ത എന്ന് പറയുന്നു നിർവാണം എന്ന് പറയണു തമ്മിലെ അടിബഹളം എന്താ വെറും പേരിനെ വെച്ചുകൊണ്ട് വെറും ഒരു പേര് ആളോ വസ്തു ഒരേ വസ്തുവാണ് നാമത്തിനെ വെച്ചുകൊണ്ടുള്ള ബഹളം ശബ്ദതയെന്നാണ് ശബ്ദത്തിലാണ് വ്യത്യാസം വസ്തു ഒന്ന് തന്നെ ബ്രഹ്മവും ഭഗവാനും പരമാത്മാവുമൊക്കെ ഒന്ന് തന്നെ അതിനെ ഹൃദയത്തിൽ ആ ശബ്ദത്തിൽ ഒന്നുമില്ല ശബ്ദം കൊണ്ടൊന്നും കിട്ടില്ല നമുക്ക് വസ്തുഹൃദയത്തിൽ അനുഭവത്തിന് വരണം വസ്തുഹൃദയത്തിൽ അനുഭൂതിക്ക് വരണം നമ്മളുടെ സ്വാനുഭവത്തിന് വരണം ആ പരമാത്മതത്വം എന്താണ് ഭാഗവതം ആരംഭിക്കുമ്പോഴേ പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് സത്യം പരം ധീമഹി സത്യത്തിനെ ധ്യാനിക്കുന്നു പരം സത്യം ധീമഹി ഇനി കൃഷ്ണാവതാര സന്ദർഭത്തിൽ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിഹിതം ചത്യേ സത്യ സത്യം മൃതസത്യ നേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന ഭാഗവത അവസാന ഭാഗത്തും കസ്മൈന വിഭാസിതോയതുലോ ജാന പ്രദീപുരാ തൂപേണ ചാരദായനയേ കൃഷ്ണ തൂപിണ യോഗീന്ദ്രാ തത്മന്രാത കാരുണ്യ തക്ഷുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധീമഹ സത്യം പരം ധീമഹനാരംഭിച്ചച്ഛു സത്യം പരം ധീമീൻ അവസാനം അവിടെ കസ്മൈയേന വിഭാസിതോയുളോ ഞാന പ്രദീപ ആദ്യം ബ്രഹ്മാവിനായിക്കൊണ്ട് ഈ പരമാത്മതത്വം ഉപദേശിച്ചു എന്നാണ് ഭാഗവത സിദ്ധാന്തം ബ്രഹ്മാവാര ബ്രഹ്മാജി അദ്ദേഹത്തിന് അമ്പലങ്ങൾ കുറവ ഒന്ന് രണ്ട് അമ്പലമുണ്ട് അത്രയേ ഉള്ളൂ വെച്ചാൽ ദേഷ്യ എല്ലാവർക്കും ഞങ്ങളെവിടെ കൊണ്ടുവന്ന് തള്ളിയല്ലോ എവിടെ സൃഷ്ടിയിൽ കൊണ്ടുവന്ന് തള്ളിയല്ലോ ആ ബ്രഹ്മാവ് ഭഗവാന്റെ ആദ്യ ശിഷ്യനാണെന്നാണ് സൃഷ്ടി ആരംഭിക്കുമ്പോ ഭഗവാന് തനിയെ ഇരുന്നു അല്പം ബോറടിച്ചു അപ്പൊ ഭഗവാൻ സത്സംഗം വേണം തോന്നിയത്രേ ഭഗവാന് ഭഗവാൻ അങ്ങനെ തന്നെ നാവിയിലേക്ക് നോക്കിയപ്പോ നാവിയിൽ നിന്നൊരു കമലുണ്ടായി നമുക്ക് ഉള്ളിൽ ജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് സത്സംഗത്തിന് വേണ്ട ആളുകൾ നമ്മളുടെ സങ്കല്പം കൊണ്ട് തന്നെ ഉണ്ടാവും ആ കമല വിരിഞ്ഞു സമരത്തിന്റെ ഉള്ളിലേക്ക് ഭഗവാൻ തന്നെ കയറിയിരുന്നു എന്നിട്ട് ബ്രഹ്മാവായിത്തീരുന്നു എന്നിട്ട് ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ഭഗവാനോട് തന്നെ ചോദിച്ചു എനിക്ക് ഉപദേശിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ഭഗവാൻ ഉപദേശിക്കുകയും ബ്രഹ്മാവിന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് കേൾക്കുകയും ചെയ്തു ബ്രഹ്മാവിന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് നാരദ മഹർഷിക്ക് ഉപദേശിച്ചു നാരദന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ഭഗവാൻ കേട്ടു നാരദന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് വ്യാസൻ ഉപദേശിച്ചു വ്യാസന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ഭഗവാൻ കേട്ടു വ്യാസന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ശ്രീശുഖൻ ഉപദേശിച്ചു ശ്രീശുഖന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് കേട്ടു ശ്രീശുഖന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് പരീക്ഷിത്തിന് ഉപദേശിച്ചു പരീക്ഷിത്തിന്റെ ഹൃദയത്തിലിരുന്ന് കേട്ടു പരീക്ഷിത്ത് ബ്രഹ്മഭൂതോ മഹായോഗി സ്വയമേവ ഭഗവത് സ്വരൂപമായിട്ട് തീർന്നു ഇതൊന്നും എന്റെ വ്യാഖ്യാനമല്ല ശ്ലോകത്തിലുണ്ട് കസ്മയ്യേന വിഭാസിതോയതുളോ ജ്ഞാനപ്രദീപ പുരാ തദ്ൂപേണനാറായ തദാത്മനാ തദ്ാത്മനാ ച എല്ലാം തദ്ത്മനാ തദ്ൂപേണ തദാത്മന എന്നുവച്ചാൽ ഇതിൽ അകത്ത് ഒരു വലിയ രഹസ്യമുണ്ട് രഹസ്യം എന്ന് വെച്ചാൽ പറയാൻ പാടില്ലാത്തതെന്നൊന്നുമല്ല അനുഭവിച്ചാലേ അറിയുള്ളൂ അതാണ് ഈ അധ്യാത്മകാര്യത്തിൽ രഹസ്യം അല്ലാതെ തുണി ഇങ്ങനെ പിടിച്ച് പറയണമെന്നൊന്നുമല്ല ഇപ്പൊ ഗായത്രി ഉപദേശിക്കുമ്പോൾ തുണി ഇങ്ങനെ വെച്ചിട്ട് ഉപദേശിക്കും അതൊരു പ്രതീകം ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അച്ഛൻ അപ്പാ വദേശിക്കും വാദ്യർ ഇന്നൊരാൾ കൂടെ വീഡിയോ എടുക്ക രഹസ്യ പരസ്യമാ അത് അവനും വേണം അപ്പൊ രഹസ്യം വെച്ചാൽ തുണി കൊണ്ട് പുതച്ചത് പുതക്കണ രഹസ്യം അല്ല ഇവിടെ യ്ക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ ഹൃദയം കൊണ്ട് കേട്ടാലേ മനസ്സിലാവുള്ളൂ എന്ന് അർത്ഥം അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ അതാണ് ഇവിടെ രഹസ്യം രഹസ്യതർപ്പണ തർപ്പിതായി നമഹ എന്ന ഹൃദാസഹസ്രനാമത്തിൽ നാമമുണ്ട് എന്നുവെച്ചാൽ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകണത് മനസ്സിനോ ബുദ്ധിക്കോ ഒന്നും അറിയില്ല ഇവിടെ എന്താ രഹസ്യം എന്ന് വെച്ചാൽ ഗുരു വേറെ ശിഷ്യൻ വേറെ ആയിട്ട് നിന്നാൽ ഉപദേശിച്ചാൽ ഈ ബ്രഹ്മവിദ്യ യേശില്ല ഇന്നലെ നമ്പ്യാർ സാറ് ആ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ആചാര്യൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ശരീരം ആചാര്യന്റെ ശരീരമായിട്ട് തീരണം നമ്മളുടെയൊക്കെ ഹൃദയം ആചാര്യനായിട്ട് തീരണം എന്നാണ് സർവഭൂത ഹൃദയം എന്നാലേ ഉപദേശം ഒന്നാവുള്ളൂ എല്ലാവരും ഇവിടെ അനുഭൂതി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ പറയണ ആളും ഉണ്ടാവാൻ പാടില്ല കേൾക്കണവരും പറയണ ഉണ്ടെങ്കിൽ ഇത് വെറും സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന പോലെയൊക്കെ ആയിട്ട് കോളേജിലൊക്കെ ക്ലാസ് എടുക്കുന്ന പോലെ ആയിത്തീരും ഇവിടെ പറയുന്ന ആൾ കേൾക്കണവരൊന്നും ഉണ്ടാവാൻ പാടില്ല ഭഗവത് അനുഭവം മാത്രമേ ഇവിടെ ഉണ്ടാവാൻ പാടൂ അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി ഹി അണീയാൻ ഹി ശ്രുതി പറയണത് അന്യനായിട്ട് നിന്നുകൊണ്ട് ഒരു ആചാര്യൻ പറഞ്ഞാൽ ഉപദേശിച്ചാൽ ഫലിക്കില്ല ആത്മാവിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ഒരാചാര്യൻ പറഞ്ഞാൽ ഉപദേശിച്ചാൽ ഫലിക്കില്ല ആചാര്യൻ വേറെ ശിഷ്യൻ വേറെ ഉപദേശിക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല എന്നുള്ളത് ഇനി ആചാര്യനോട് ചെന്ന് അങ്ങനെ എനിക്ക് ഉപദേശിച്ചുവല്ലോ അനുഗ്രഹിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ ആചാര്യൻ ചോദിക്കും ആർക്കാ ഉപദേശിച്ചത് ഞാൻ ആർക്കും ഉപദേശിച്ചില്ല ഉപദേശം കേൾക്കണ ആളും പറയണ ആളോ ഒന്നുമില്ല അതാണ് കസ്മയേന വിഭാസിത്തോയത്തുള്ള കഹ എന്ന് വെച്ചാൽ ബ്രഹ്മാവ് എന്നാണ് ഇവിടെ അർത്ഥം പക്ഷേ കസ്മൈ എന്നുള്ളതിന് സാധാരണ സംസ്കൃതത്തിൽ ആർക്കായി കൊണ്ട് ഉപദേശം സ്വീകരിച്ച ആളവിടെ പറഞ്ഞ ആളവിടെ സൃഷ്ടി ഉണ്ടാവുന്നതിന് മുമ്പ് ഈ ബ്രഹ്മവിദ്യ ഇവിടെ പ്രകാശിച്ചു കഴിഞ്ഞു എന്നർത്ഥം അതാണ് ആചാര്യസ്വാമികൾ ഭൂതവസ്തു എന്ന് പറയണം ഈ ഭാഗവത തത്വം ഒരു കാലത്ത് ആരെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചതല്ല പിന്നെയോ സൃഷ്ടിക്കു മുമ്പ് തന്നെ ഈ ഭാഗവത തത്വം ഇവിടെ പ്രചാരമായി കഴിഞ്ഞു ഭാഗവത തത്വം ഉണ്ടായിട്ടാണ് സൃഷ്ടി നടന്നത് സൃഷ്ടിയുടെ അധിഷ്ഠാനം തന്നെ ഈ ആത്മവിദ്യയാണ് എന്നർത്ഥം ഈ ആത്മവിദ്യയുടെ അധിഷ്ഠാനത്തിലാണ് സൃഷ്ടികർമ്മം തന്നെ നടന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബ്രഹ്മാവിന് പേടി തോന്നി ഞാൻ പെട്ടുപോകുന്നു സൃഷ്ടി ചെയ്തിട്ട് ഞാൻ സൃഷ്ടികർത്താവാണെന്നും ഒക്കെ തോന്നിപ്പോകും ഇതൊക്കെ ചതുശ്ലോകി ഭാഗമാണ് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പറയുകയെന്ന് ചിലപ്പോൾ പറയാനൊന്നും സമയം കിട്ടില്ല അല്ലെങ്കിൽ അപ്പോ അങ്ങനെ പ്രകാശിപ്പിക്കപ്പെട്ട സത്യം ഭാഗവതത്തിൽ എന്താ വിഷയം എന്ന് ഇപ്പൊ നിങ്ങൾ ഭാഗവതം കേട്ടില്ല എന്താ ഭാഗവതത്തിലെ വിഷയം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളാം സത്യം സത്യമേവ ജയത്തേനാത്തം സത്യേനോ ദേവയാന ഭാഗവതത്തില വിഷയം അപ്പൊ യാറാവ് കേട്ടാനാ സന്തേഹപ്പെടാമല്ല ഉള്ളപ്പൊരു അത് ഉള്ളപ്പൊരു എങ്കർക്ക് എന്നാലും തമിഴ്നോളം ഭഗവാനൊക്കെ അനുഭവം മാത്രം മനസ്സിനു പണ മുടാ ഭഗവത് അനുഭവത്തെ ആ മനസ് ബുദ്ധി എല്ലാം അതിൽ അതെല്ലാം ഒരു വേക്കിൾ മാതിരി അത് വേക്കിൾ പിന്നാല അനുഭൂതിയോട് പവർക്കണം അത് അനുഭൂതി എങ്കേന്ത് വരുന്നത് ഹൃദയത്തിലേ ഹൃദയത്ത് താവണം ഹൃദയത്തിലേക്ക് ഹൃദയത്ത് പോകണം അത് ഹൃദയത്തിലേക്ക് ഹൃദയത്ത് പോകുന്നത് താ ഭഗവാനോട് ചിത് ശക്ത അത് ജ്ഞാനികളുവ അത് ചിത് ശക്തിയെ ഒരു ഗുരു തന്നോട് ഹൃദയത്തിലുഭൂതി ശിഷ്യനുക്ക് കൊടുക്കറ അത് ചിത് ശക്തി എന്നാ ഗുരുവോട് ഒരു പാർവയിലെയോ ഇല്ലേ വാർത്തയാലെയോ ഇല്ലേ സ്പർശത്തിനാലെയോ ഇന്ന് ഗുരുവോടെ ഹൃദയത്തിലേക്ക് ശിഷ്യനോട് ഹൃദയത്തിന് താവി ഒരു സിംഹം വന്ന് ഒരു ചിന്ന മൊയലെ പിടിച്ചാൽ എന്നു അപ്പിടിച്ച് മുഴുകി അതിൽ ഒന്നുമേ മിച്ചമില്ല പണിവിടും ഇല്ലാ ഒരു സിംഹം മൊയലിനെ പിടിച്ചാൽ ആ മൊയലിന്റെ ഒരു അംശവും ബാക്കി ഉണ്ടാവില്ല അതേപോലെ ഈ ഭഗവത് സിശക്തി ഒരു അനുഭൂതിമാന്റെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ ഹൃദയത്തിലേക്ക് പോകുമ്പോൾ ആ ജീവനെ എടുത്തും വിഴുങ്ങിക്കളയും അവിടെ ചെന്ന് അരിച്ചില്ലാതാക്കും ആ ചിത്ശക്തിയാണ് ഇവിടെ ശ്രീശുഖബ്രഹ്മ മഹർഷി ആ ചിശക്തി തന്നെയാണ് സത്യം എന്ന് പറയുന്നത് സത്യത്തിനെ നമുക്ക് പ്രകാശിപ്പിച്ചു തരണതും ആ ചിത്ശക്തിയാണ് ഇനിയിപ്പോ സത്യം എന്ന് പറഞ്ഞല്ലോ സത്യം എന്ന് വെച്ചാൽ എന്താ അതിന് വ്യാഖ്യാനം പറഞ്ഞു ജന്മാദ്യ അന്വയാതിതരദർശ അർത്ഥേഷു അഭിജ്ഞസ്വരാട് ജന്മ ആദി അസ് യഥ എന്നാണ് സാധാരണ വ്യപത്തി ഈ ശ്ലോകത്തിൽ ജന്മാ ആദി ജന്മാ മുതലായിട്ടുള്ളവ സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ അസേ ജഗത ഈ കാണുന്ന പ്രപഞ്ചം നമുക്കിപ്പോ എന്ത് കാണുന്നു ഭഗവാനെ കാണാൻ വയ്യ ജഗത്ത് കാണപ്പെടുന്നുണ്ട് ലോകം കാണപ്പെടുന്നുണ്ട് ലോകത്തിനെ കാണുന്നുണ്ട് ഭഗവാനെ കാണാൻ വയ്യ ഏത് ഉണ്മയോ അത് കാണപ്പെടുന്നില്ല ആളുകൾ ചോദിക്കും ഈ ബ്രഹ്മമാത്മാ ഭഗവാൻ എന്നൊക്കെ സത്യമാണെങ്കിൽ അത് ഞങ്ങൾക്ക് കാണണമല്ലോ കാണുന്നില്ലല്ലോ എന്നാണ് ഋഷികൾ പറയുന്നത് നിങ്ങൾ കാണുന്നത് സത്യമല്ല കാണുന്നവനാണ് ഉണ്ണ നിങ്ങൾക്ക് ഭഗവാനും കാണപ്പെടണമെന്നാണ് പറഞ്ഞത് കാണപ്പെടുന്നതൊക്കെ ഒരു കാലത്തല്ലെങ്കിൽ ഒരു കാലത്തും അറിഞ്ഞു പോവും സൃഷ്ടി സ്ഥിതി സംഹാരം ഇതൊന്നും ശാശ്വതമല്ലാതാണ് ഇത് മുമ്പില് നമുക്ക് ജഗത്ത് കാണുന്നു ഈ ജഗത്ത് അനുസ്യൂതം ചലിച്ചുകൊണ്ടിരിക്കുന്നു പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെ എന്തെങ്കിലും ഒരു ക്ഷണ നേരം നോക്കൂ ക്ഷണിക വിജ്ഞാനവാദികൾ ബൗദ്ധന്മാര് പറയും ഒരേ നദിയെ രണ്ടാമത്തെ പ്രാവശ്യം തൊടാൻ പറ്റില്ല എന്ന് പറയും അതാണ് അവരുടെ സിദ്ധാന്തം അവര് ഈ ക്ഷണികത്തിന് മാത്രം കണ്ടുള്ളൂ നിത്യവസ്തുവിനെ കണ്ടില്ല അതുകൊണ്ടാണ് അവർക്ക് ക്ഷണിക വിജ്ഞാനവാദികളും പേര് അതായത് നദി നമ്മൾ ഒരേ ഗെങ്കാണ് തൊടന്നത് എന്ന് പറയും പക്ഷെ ആ വെള്ളം പോയി കഴിഞ്ഞു അതേപോലെ അനുസ്യൂതം നമ്മളുടെ ശരീരം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു അനുസ്യൂതം മനസ്സ് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു അനസ്യൂ അനുസ്യൂതം നമ്മൾ കാണുന്ന വസ്തുക്കളൊക്കെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാം നാശോന്മുഖം നമ്മളുടെ ജീവിതം തന്നെ ആലോചിച്ച് നോക്കിയാൽ കാണാം ഇപ്പോഴാണ് കുറച്ചു ദിവസം മുമ്പാണ് സ്കൂൾ പഠിച്ചത് അപ്പോഴേക്കും വയസ്സായിരിക്കണം കാര്യക്കുട്ടിയും കുട്ടിയും മക്കളും ഒക്കെ ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴാ സമയം പോയത് ആലോചിച്ച് നോക്കും ഒന്ന് കാണാം വായുർ നശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം പോയിക്കൊണ്ടേയിരിക്കുന്നു ഈ പരിണാമം ഇത് ഈ പരിണമിക്കുന്നതിന് പേരാണ് ജഗത് ജഗത്ത് എന്ന് വെച്ചാൽ ലോകം എന്ന് സ്ഥൂലമായി പറഞ്ഞാലും ജഗത്ത് എന്നുള്ള വാക്കിന് അർത്ഥം ചലിക്കുന്നത് എന്നർത്ഥം അഗ ജഗത് എന്നൊക്കെ ഭാഗവത ശ്രുതിഗീതയിലൊക്കെ വരും ജഗത്ത് എന്ന് വെച്ചാൽ തന്നെ ചലിക്കുന്നത് എന്നർത്ഥം ജവേന ഗച്ഛതി ഇത് ജഗത് ജായ ഗതി ജായത്തെ ഗച്ഛതി ഒരു മുഴുവൻ അക്ഷരമല്ലാതെ ഉള്ള പോലെ തോന്നണെന്നാണ് തിഷ്ടതി ഇവ നമ്മൾ അനുഭവിക്കുമ്പോഴൊക്കെ വളരെ വാസ്തവം ആരെങ്കിലുമൊക്കെ ഒന്നും പറഞ്ഞാൽ ഒന്നും സ്വീകരിക്കില്ല നിങ്ങൾ ഞാൻ കാണുന്നുവല്ലോ അനുഭവിക്കണമല്ലോ ശരി അനുഭവിക്കണോ പക്ഷെ ഈ അനുഭവം ഏതെങ്കിലും നിത്യമായി നിൽക്കണമോ നമുക്ക് വളരെ പ്രബലമായ ഒരു അനുഭവം ഇപ്പൊ ഈ സപ്താഹം തന്നെ നമ്മൾ ഇരിക്കണോ കേൾക്കണോ കുറെ ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോ ഗുരുവായൂർ സപ്താഹത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തലേദിവസം കണ്ട സ്വപ്നത്തിനും ആ ഗുരുവായൂർ സപ്താഹത്തിനും ഓർമ്മിക്കുന്നതെന്നും രണ്ടും ഒരേപോലെ തന്നെ രണ്ടും ഓർമ്മയിൽ വരണൂ പോകുന്നു രണ്ടും മുമ്പിൽ ഇല്ല ഇപ്പോ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി എന്ന് പറഞ്ഞാൽ ഈ മുപ്പത്തഞ്ച് വയസ്സെന്നുള്ളത് ബുദ്ധിയിലേ ഉള്ളൂ അനുഭവത്തിൽ ഇപ്പം ഇല്ല ബുദ്ധിയിൽ മുപ്പത്തഞ്ച് വയസ്സായി എന്ന് പറയണമെന്നല്ല എന്റെ അനുഭവത്തിലില്ല പക്ഷേ എപ്പോഴും ഉള്ള ഒരു വസ്തു ഏകാത്മ പഞ്ചകത്ത് രമണ ഭഗവാനൊരു പാട്ടിലെ എപ്പോഴും ഉള്ളതൗ ഏകാത്മ വസ്തുവേ എപ്പോതും ഉള്ള ഒരുക്ക് പരിണാമം ഇല്ലാമർക്കസ്തു മീതി എല്ലാം പരിണമിക്കുന്നത് ആ അത് പരിണമിക്കില്ലെങ്കിൽ ഇന്ന് ജഗത്തെ നമ്മ പാക്ക് ആക്കരമം പരിണമിക്കാമോ ജഗത്ത് പരിണമിച്ചു കൊണ്ടേ ഇരിക്കുന്നു ലോകം പരിണമിച്ചു കൊണ്ടേ ഇരിക്കുന്നു ജഗത്തിനെ കാണുന്ന ആള് പരിണമിക്കാതെ നിൽക്കുന്നു ഈ ജഗത്ത് എവിടെ ഉണ്ടായി എവിടെ നിന്നു എവിടെ ലയിച്ചു എന്ന് വെച്ചാൽ ഇത് കാണുന്നവനിൽ ഉണ്ടായി കാണുന്നവനിൽ നിൽക്കുന്നു കാണുന്നവനിൽ തന്നെ ലയിക്കുകയും ചെയ്യും ദിവസവും ഒരു പ്രളയമുണ്ട് നമുക്ക് രാത്രി ഉറങ്ങാൻ പോകുമ്പോ ലോകമില്ല ശരീരമില്ല മനസ്സില്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം സുഖമായി ഉറങ്ങി നേരം വിളിച്ചായപ്പോ മനസ്സ് വിരിഞ്ഞു ഞാൻ എന്ന അഹങ്കാരം പൊന്തി മനസ്സ് പൊന്തി ലോകം പൊന്തു ഈ ലോകം എവിടെ പൊന്തി എന്നിൽ പൊന്തി എവിടെ ലയിച്ചു എന്നിൽ തന്നെ ലയിച്ചു ഇതിന് കാരണമായിട്ട് ആര് നിൽക്കുന്നു ഞാൻ തന്നെ നിൽക്കുന്നു ഈ ലോകം ഉണ്ടെന്ന് ആര് പറയണു ഞാൻ പറയണോ അപ്പൊ സകല അനുഭവങ്ങളും എവിടെ നിൽക്കണു എന്നിൽ നിൽക്കണു അനുഭവിക്കണമെന്ന് ആര് ഞാൻ തന്നെ രാജ്ഞവൽക്യനോട് ചോദിച്ചു ഈ ഭൂമി എവിടുന്ന് ഉണ്ടായി ചോദിച്ചു യാജ്ഞവൽക്യൻ പറഞ്ഞു ഹേ ഗാർഗി ഈ ഭൂമി വെള്ളത്തിൽ നിന്നാണ് ഉണ്ടായത് വെള്ളം എവിടുന്ന് ഉണ്ടായി അഗ്നിയിൽ നിന്നുണ്ടായി വായു എവിടെയാ നിൽക്കുന്നത് ആകാശത്തിൽ ആകാശത്തിൽ ചലിക്കുന്നു ആകാശത്തിൽ ആകാശം എവിടെ ഉണ്ടായി ചോദിച്ചു ആദ്യം യാജ്ഞവൽക്കൻ ദേഷ്യം വന്നു അതിൽ കടന്ന് ചോദിക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ പറഞ്ഞു ആർക്കും പിന്നെയും തനിക്ക് അറിയില്ല അതുകൊണ്ടാണ് താൻ ദേഷ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു യാജ്ഞവൽക്കൻ തനിക്ക് പറഞ്ഞുതരാം ആകാശം ഉണ്ട് എന്ന് ആര് അനുഭവിക്കുന്നവനോ അനുഭവിക്കുന്നുവോ ആ അനുഭവിക്കുന്നവനിലാണ് ആകാശം ഉണ്ടായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്പേസ് ഒന്നും ഇല്ല നമുക്ക് ആകാശമൊന്നും ഇല്ല അല്ലെ മനസ്സിൽ അയിച്ചു കഴിയുമ്പോൾ ആകാശവും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല മനസ്സ് ഉണരുമ്പോ എല്ലാം പൊന്തുണു അപ്പൊ സകല അനുഭവങ്ങളുടെയും ഉറവിടം ആത്മാവാണ് സുഷുപ്തിയിലും ഏതൊരു വസ്തു ഉണ്ടോ ആ വസ്തു ആത്മവസ്തുവിലാണ് പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് ആത്മവസ്തുവിലാണ് സൃഷ്ടി ഉണ്ടാവുന്നത് സ്ഥിതി ഉണ്ടാവുന്നത് ലയം ഉണ്ടാവുന്നത് സ്ഥിത്യുദ്ഭവ പ്രളയ ഹേതു അഹേതുരസ്യ യപന ജാഗര സുഷുപ്തിഷു സത് ബഹിഷ്യ ദേഹേന്ദ്രിയസു ഹൃദയാണ സഞ്ജീവിതേ പരം നരേന്ദ്ര ഏകാദശ സ്കന്ധത്തിൽ വിപ്ലായനം സ്ഥിതി ഉദ്ഭവം പ്രളയം ഇതിനൊക്കെ ഹേതുവായിട്ട് ജാഗ്രത് സ്വപ്നം സുഷുപ്തി നമ്മൾക്ക് മൂന്നവസ്ഥകളുണ്ട് രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും ഉറക്കമുണ്ടാവും ഉറക്കം നമ്മളുടെ ജാഗ്രത അവസ്ഥയിൽ നിദ്ര വന്ന് സ്വപ്നവും ഉണ്ടാകും ലയവും ഉണ്ടാവും ജാഗ്രത അവസ്ഥ സാക്ഷാത്കാരമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞത് പക്ഷേ ജാഗ്രതാവസ്ഥയിൽ ചിത്തവിക്ഷേപം സങ്കല്പവികൽപ്പമുള്ള ആ സങ്കല്പവികൽപ്പമാണ് സ്വപ്നം അത് നിദ്രയുടെ കോൺട്രിബ്യൂഷനാണ് നിദ്രയും സ്വപ്നവും കൂടെ ചേർന്നിട്ടാണ് ജാഗ്രതത്തിൽ നമുക്കുള്ള സാക്ഷാത്കാരത്തിന് ഇല്ലാതാക്കുന്നത് ജാഗ്രത്ത് സ്വപ്നം സുഷുപ്തി ജാഗ്രത്തിൽ ശരീരമുണ്ട് മനസ്സുണ്ട് ഞാനുണ്ട് സ്വപ്നത്തിൽ ശരീരമില്ല മനസ്സ് മാത്രം പ്രവർത്തിക്കണമോ ഞാനുണ്ട് സുഷുപ്തി അവസ്ഥയിൽ ശരീരവും മനസ്സും പ്രവർത്തിക്കണില്ല ഈ വ്യക്തി രൂപത്തിലുള്ള ഞാനും ഇല്ല സുഖമായിട്ട് ഞാനുണ്ട് ജീവനുണ്ട് അപ്പൊ ശരീരവും മനസ്സും ഉള്ളപ്പോഴും ഞാനുണ്ട് ശരീരവും മനസ്സും വ്യക്തിത്വവും ഒന്നും ഇല്ലാത്തപ്പോഴും ഞാനുണ്ട് ഇതാണ് അന്വയാതി ഇതരേഷു അഭിജ്ഞ ശരീരം മനസ്സും ബുദ്ധിയും ഉള്ളപ്പോഴും ശരീരമനസ്സു ബുദ്ധിയൊന്നും ഇല്ലാത്തപ്പോഴും അഭിജ്ഞ ക്ഷേത്രജ്ഞ സ്വയം ജ്യോതി ജ്ഞപ്തി അവബോധസ്വരൂപ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് എന്നുള്ള കേവല അനുഭവ സ്വരൂപമായി അറിവേ സ്വരൂപമായി സാന്ദ്ര ആനന്ദ അവബോധ സ്വരൂപമായിട്ട് ഏതൊരു ഗുരുവായൂരപ്പൻ ഈ ശരീരമേ ഗുരുവായൂരാവോക്കും എന്താ ഗുരുവും ഇതിനകത്തുണ്ട് പവനനും ഇതിനകത്തുണ്ട് വായുവുണ്ട് നവദ്വാരപുരവുമാണ് ഈ ശരീരം ആ ഹൃദയത്തിൽ ഉറക്കത്തിൽ ഇതൊക്കെ ചെന്ന് ലയിക്കുമ്പോഴും ഏതൊരുത്തൻ ഉണർന്നിരിക്കുന്നുവോ ഷു ജാഗ്ര എല്ല ഉറങ്ങിക്കിടക്കുമ്പോഴും എവൻ ഉണർന്നിരിക്കുന്നുവോ ആ വസ്തുവിനാണ് അഭിജ്ഞ മറ്റൊരു വിശേഷണം കൂടെ കൊടുത്തു സ്വരാട് സ്വരാട് വെച്ചാൽ സ്വയം പ്രകാശം സ്വയം രാജ്യത്തെ എന്നർത്ഥം സ്വയം പ്രകാശ വസ്തു ഇവിടെ മുഴുവൻ ഇരുട്ടാക്കിയാൽ അടുത്ത ആളുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല തട്ടോ മുട്ടയോ ചെയ്താലേ അറിയുള്ളൂ പക്ഷേ ആർക്കും സംശയമില്ലാതെ അറിയാം ഞാനുണ്ട് എന്നറിയാം അഹം അസ്മി എന്നുള്ള അനുഭവം അതിന് പേരാണ് സ്വരാഡ് സ്വയം പ്രകാശം ആരും പറഞ്ഞു തരാതെ ബോധിപ്പിക്കാതെ ഏർപ്പെടുന്ന ഒരു അനുഭവമാണ് ഞാനുണ്ട് എന്നുള്ള ബോധാനുഭവം ഈ മൈക്കിനിപ്പോ മൈക്കുണ്ട് എന്നറിയില്ല നമ്മളുണ്ടെന്നറിയില്ല പക്ഷെ എനിക്ക് ഞാനുണ്ട് എന്നറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുണ്ട് എന്നറിയാം അത് സ്വയം പ്രകാശമാനമായ വസ്തുവാണ് അതുകൊണ്ട് സ്വരാട് തേനെ ബ്രഹ്മഹൃദായ ആദികവയെ ശരി സ്വയം പ്രകാശമാണ് ശരീരമല്ല മനസ്സല്ല ജാഗ്രസ്വപ്ന സുഷുപ്തികൾക്കൊക്കെ സാക്ഷിയാണ് യുക്തി കൊണ്ടൊക്കെ പിടികിട്ടി അത് ഞാൻ ഞാൻ എന്ന അനുഭവ രൂപത്തിൽ ഹൃദയത്തിൽ പ്രകാശിക്കുന്നുണ്ട് ശരി ആ നിത്യനിരന്തരമായ ആ അനുഭവത്തിൽ രമണം എങ്ങനെ ഉണ്ടാവും ഇത് ബുദ്ധിപ്പുണ്ട് പിടികിട്ടി ഒക്കെ പോരാ ആ വസ്തുവാണ് ഞാൻ എന്ന രീതിയിലുള്ള പ്രതിഷ്ഠ കംപ്ലീറ്റ് അബൈഡൻസ് ഇംഗ് ട്രൂത്ത് സത്യത്തിൽ അടങ്ങി താൻ അതായി ഇരിക്കൽ താൻ അതായി ഇരിക്കൽ അതെങ്ങനെ ഉണ്ടാവും ഉപദേശസാരത്തില ഉപദേശ ഉന്തിയാറ തമിഴ ഒരു പാട്ട് തന്നെ ഉപാധി വിട്ട് ഓർവത് താൻ ഈശൻ തന്നെ ഉണർവതാം ഉന്ദിപ്പറ താനായി ഒളിർവതാൽ ഉന്ദിപ്പറ ഉപാധിയെ വിലക്കി നാ യേ എന്നോട് സ്വരൂപം എന്നു പുട്ടേനാ അതാ ഈശ്വര താനാവേ ഇരിക്കണം താനാ പ്രകാശിക്കുന്ന വസ്തു നാ നാ അനുഭവ സ്വരൂപ പ്രകാശിക്കുന്നത് അതിലേന്ത് വിലകാമെ ഇക്കൂടുന്നതേ ഈശ്വര സാക്ഷാത്കാരം അനുഭവം എപ്പിടി വരും അപ്പ സ്വരൂപത്തിലേ ഇരുന്ന് ഒരു ആചാര്യൻ താൻ ഉടമ്പോ മനമോ അല്ലാമ താൻ ആത്മാവാവേ ഇരിക്കുന്ന ഒരു ആചാര്യൻ ശരീരമോ മനസ്സോ അല്ലാതെ സ്വയം ബോധസ്വരൂപനായ ഒരു ശ്രീ സുഖബ്രഹ്മ മഹർഷിയെ പോലെ ഒരു ആചാര്യൻ ഒരു ശിഷ്യന് തത്വമസി അത് എന്ന് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥിതിയിൽ ഇരുന്നുകൊണ്ടൊന്ന് നോക്കിയാൽ മതി നട വലിയ പ്രഭാഷണം ഒന്നും വേണ്ട ആ സ്ഥിതിയിലിരുന്നു കൊണ്ട് ഒരു ഒരു നോട്ടമോ ഒരു വാക്കോ ഉപദേശമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തേനെ ബ്രഹ്മഹൃദായ ആദികവയെ ഭഗവാൻ ബ്രഹ്മാവിന് ആദികവി ബ്രഹ്മാവാണ് ആ ബ്രഹ്മാവിന് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ബ്രഹ്മവിദ്യ കൊടുത്ത പോലെ തന്നെ ഈ സത്യത്തിൻ്റെ അനുഭവം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർത്തപ്പെടും ബുദ്ധിയിൽ നിന്ന് ബുദ്ധിയിലേക്കല്ല അതുകൊണ്ടാണ് ആരും എഴുതിയെടുക്കരുത് എഴുതിയെടുക്കരുത് എന്ന് എപ്പോഴും പറയാം എഴുതുമ്പോൾ നമ്മൾ ബുദ്ധി പ്രവർത്തിപ്പിക്കും മനസ്സ് പ്രവർത്തിക്കും പക്ഷെ ചിത്തവൃത്തിയില്ലാതെ ശ്രവണം ചെയ്യുമ്പോൾ ഹൃദയം മാത്രമേ പ്രവർത്തിക്കൂ നമ്മളുടെ ഉള്ളില് ഇരിക്കുന്ന ഭഗവാൻ ഇത് പിടിച്ചെടുക്കും നമ്മളുടെ മനസ്സും ബുദ്ധിയുമല്ല ഗുരുവായൂരപ്പൻ ഹൃദയത്തിലിരുന്ന് ഇത് പിടിച്ചെടുത്തോളൂ ഗുരുവായൂരപ്പൻ ഇവിടെ ഇരുന്ന് പറയണം ഗുരുവായൂരപ്പൻ അവിടെ ഇരുന്ന് കേൾക്കണം ഞാൻ പറയാൻ പാടില്ല നിങ്ങൾ കേൾക്കാൻ പാടില്ല ഭാഗവതം ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്താൽ പ്രയോജനം ഉണ്ടാവില്ല പറയണ ഞാനും കേൾക്കണം നിങ്ങളും ഉണ്ടാവാൻ പാടില്ല ഗുരുവായൂരപ്പൻ പറയണം ഗുരുവായൂരപ്പൻ കേൾക്കണം എന്നാൽ നമ്മളൊക്കെ ഗുരുവായൂരപ്പന്റെ സ്വരൂപമാവും അപ്പൊ തേനെ ബ്രഹ്മഹൃദായ ആദികവയെ ഇതിനെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും പിടിക്കാൻ ശ്രമിച്ചാൽ എന്താന്ന് വെച്ചാൽ മുഖ്യന്തികൂരയഹ എത്രയോ ആളുകള് ഇത് ശാസ്ത്രം കൊണ്ട് ഘടം പടം ആചാര്യസ്വാമികൾ ഒരിടത്തെ എവിടെയോ പണ്ഡിതന്മാരെ കണ്ടു എന്ന് വാക്യാർത്ഥ സദസ് സാലഡിയിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ വാക്യാർത്ഥ സദസ്സുണ്ടാവും ശങ്കരജയന്തിക്ക് അപ്പോൾ അവര് ന്യായശാസ്ത്ര വാക്യാർത്ഥം ചെയ്യും കുടം മണ്ണുകൊണ്ടുണ്ടാക്കി അതുപോലെ പർവ്വതം പർവ്വതത്തിൽ പുക കാണുന്നത് കൊണ്ട് ഇതൊക്കെ എന്തൊക്കെയോ അനുമാനശാസ്ത്രമാണ് ഇതിങ്ങനെ സംസ്കൃതത്തിൽ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് കുറേ നേരം ഇവരുടെ മുമ്പിലിരുന്നു എന്നിട്ട് പതുക്കെ എന്നോട് ചോദിച്ചു അവ ചണ്ടോടറ അവരെന്തിനാ ഈ സംസ്കൃതത്തിൽ ചണ്ടപോടുന്നതെന്ന് ചോദിച്ചോ അപ്പൊ ഘടം പടം പർവ്വതം അഗ്നി എന്നൊക്കെ പറയുമ്പോ ശങ്കരാചാര്യ സ്വാമികളിൽ തന്നെ തോന്നിയും തോന്നുന്നു ഘടോവാ മൃത്പിണ്ടോപി അണുരപി ധൂമോഗ്നിരചലഹ പടോവാ തന്തുർവാ പരിഹനദിക്കും ഘോരശമനം ക്ഷോഭം പദാംോജം ശംഭോർ മൃത്പിണ്ടോ അണുരപി അത് അണുവോ ഘടമോ പടമോ മൃത് പിഡമോ എന്തോ ആവട്ടെ ആറ്റമോ മാളിക്കൂളോ എന്തോ ആവട്ടെ നിങ്ങൾ സയൻസും അതും ഇതൊക്കെ പറഞ്ഞു എന്തിനാ വെറുതെ തലകെടി വരുത്തണമെന്ന് പദാംോജം ഘോരശമനം എന്നാണ് പറഞ്ഞത് ഹൃദയത്തിൽ ഘോരമായ അജ്ഞാനം നിൽക്കണം മനസ്സിന് ശാന്തിയില്ല വശന്നിട്ട് ഇരിക്കുമ്പോഴേ വേറിന് വശന്നിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാനൊരു നല്ല ആഹാരത്തിനെ കുറിച്ച് പ്രഭാഷണം ചെയ്താൽ എന്ത് പ്രയോജനം ഏത് പച്ചക്കരിയാണ് ഏതാ കഴിക്കാൻ പാടില്ലാത്തത് അതിൽ എന്തൊക്കെ കെമിക്കൽസ് ഉണ്ട് എന്തൊക്കെയാണ് അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ നോക്കി പ്രസംഗിച്ചിട്ട് വേറൊരു പൊരിഞ്ഞുകൊണ്ടിരിക്കണം അപ്പോഴാണ് ഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം കണ്ഠക്ഷോഭം കൊണ്ട് പ്രയോജനമല്ല ശംഭോഹോ പദാംഭോജം ഭജ ഭഗവാനെ ഭജിക്കാന്ന് വെച്ചാൽ എന്താ അനുഭവിക്കൂ എന്നർത്ഥം ഭഗവാനെ ഹൃദയത്തിൽ അനുഭവിക്കൂ മനസ്സിന്റെയും ബുദ്ധിയുടെയും തലം വിട്ട് ചോട്ടലേക്ക് വരിക അവിടെ നിശ്ചലതയാണ് കോഴിക്കോട് ഒരിക്കൽ കുറേ വർഷങ്ങൾ മുമ്പ് കോഴിക്കോട് മെയിൻ സിറ്റിയിൽ ഇങ്ങനെ വാഹനങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കണം ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അതിന് എന്താ പറയുക ചോട്ടക്കൂടെ വരുമല്ലോ ഇതാണ് സബ്വേ സബ്വേ കൂടെ ഉള്ളിൽ ഇറങ്ങിയപ്പോ ഉള്ളിൽ ഒരേ നിശ്ചലത അപ്പൊ തോന്നി ഇതുപോലെയാണ് നമ്മളുടെ ഹൃദയം മുകളിൽ ഒരേ ബഹളമാണ് വാഹനങ്ങളുടെ ബഹളം അകത്തേക്ക് ചെല്ലുമ്പോ നിശ്ചലത അതേപോലെ ബുദ്ധിയുടെ തലത്തിലും മനസ്സിന്റെ തലത്തിലും എപ്പോഴും ബഹളമാണ് ആ ബഹളം അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഹൃദയത്തിൽ പോകാൻ പറ്റില്ല ഈ സബ്വേയിലൂടെ ഉള്ളിൽ പോയാൽ ഈ സബ്വേ എന്താണ് നമ്മളെ ഗുരു ഉപദേശിച്ച് തന്ന മാർഗം അവരവർക്ക് എന്ത് മാർഗം അവരവരുടെ ആചാര്യന്മാരെ ഉപദേശിച്ച് തന്നിട്ടുണ്ടോ ആ മാർഗത്തിൽ നേരെ ഹൃദയസ്ഥാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ തികച്ച നിശ്ചലമാണ് പൂർണ്ണതയാണ് ആനന്ദമാണ് സംതൃപ്തിയാണ് ശാന്തിയാണ് ആ ശാന്തിക്ക് ഉള്ള ഉറവിടത്തിലേക്ക് വെറുതെ ബുദ്ധിയിലും മനസ്സിലും കളിച്ചുകൊണ്ടിരുന്നാൽ മുഹ്യന്തസൂരയ രാസഭഗവാൻ പറഞ്ഞു വലിയ വലിയ ബുദ്ധിശാലികൾ പോലും മുഹ്യന്തീ മോഹം ഗീന്ന എന്തൊക്കെയോ ധരിച്ചുകൊണ്ടു പോകുന്നു തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയത്സൂരയാ തേജോ വാരിമൃതാം യഥാവിനിമയോ യത്രസർഗോ മൃഷാധന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സ്വയം തൻ്റെ സ്വയം പ്രകാശമാനമായി ഭഗവാൻ ഹൃദയത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു സകല അജ്ഞാനത്തിനെയും ഭഗവത് പ്രകാശം കൊണ്ട് ഇല്ലാതാക്കാം വാസ്തവത്തിൽ അജ്ഞാനമേ ഇല്ല ജ്ഞാനേശ്വരൻ ചോദിക്കുന്നു സൂര്യന് ഇരുട്ടിനെ മനസ്സിലാവുമോ സൂര്യന്റെ അടുത്ത് ചെന്ന് ഇരുട്ടിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ സൂര്യന് ഇരുട്ടിനെ അറിയുകയില്ല എത്ര പ്രസംഗിച്ചാലും അറിയില്ല സൂര്യഭഗവാനെ നിങ്ങൾ പോകരുത് അങ്ങ് പോയാൽ ഇരുട്ട് വരുന്നു സൂര്യൻ ചോദിച്ചു എന്താണ് ഇരുട്ട് ഒരു ഏഴേ മുക്കാൽ പേരെ നിൽക്കുമോ അപ്പൊ കാണാം സൂര്യൻ ഏഴേ മുക്കാൽ പേരെ നിന്നാൽ ഇരുട്ട് കാണുമോ സൂര്യൻ നിൽക്കുന്നിടത്തോളം ഇരുട്ട് കാണില്ല അതേപോലെ നമ്മളുടെ ദൃഷ്ടി സ്വരൂപത്തിലാണെങ്കിൽ അവിടെ അജ്ഞാനമേ ഇല്ല ശരീരത്തിലും മനസ്സിലുമൊക്കെ അജ്ഞാനമുണ്ട് സ്വരൂപത്തിൽ അജ്ഞാനമേ ഇല്ല അത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കണം അതാണ് സദാ നിരസ്ഥ കുഹകം സത്യം പരം ധീമഹി ആ സത്യത്തിന് വ്യവധാനമേ ഇല്ല തടസ്സമേ ഇല്ല അന്തരായമേ ഇല്ല യാതൊരു വിധത്തിലുള്ള വ്യവധാനവും കൂടാതെ എല്ലാവരുടെ ഉള്ളിലും സത്യം പ്രകാശിക്കുന്നുണ്ട് ഇവിടെ അജ്ഞാനികളേ ഇല്ല നമ്മളൊക്കെ ഒരു വേഷം കെട്ടി ഇപ്പൊ നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അജ്ഞാനിയാണ് നിങ്ങൾ ജ്ഞാനിയാണെന്നൊക്കെ പറഞ്ഞു ഒരു വേഷം കെട്ടണം ഭഗവാനിരിക്കണു ഭഗവാൻ പറയണു ഭഗവാൻ സ്ത്രീകളായിട്ടിരിക്കണു പുരുഷന്മാരായിട്ടിരിക്കണു എല്ലാവരുടെ ഉള്ളിലും പൂർണ്ണമായി ജ്ഞാനമുണ്ട് എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ പൂർണ്ണമായിട്ടുണ്ട് അജ്ഞാനികളേ ഇല്ല ഇവിടെ ഉണ്ടാവാൻ പറ്റില്ല അജ്ഞാനം എന്നൊരു പദാർത്ഥം ഉണ്ടെങ്കിൽ തന്നെ ദ്വൈതം വന്നു പോകും അജ്ഞാനം അവിടെ ജ്ഞാനമേ ഉള്ളൂ ഭഗവത് സ്വരൂപമേ ഉള്ളൂ ഭഗവാനേ ഉള്ളു സദാ നിരസ്ഥ കുഹകം അങ്ങനെയുള്ള ഇത് പറയാനാണ് സത്സംഗം അജ്ഞാനം ഉണ്ടോ എന്ന് പറയാനല്ല സത്സംഗം സത്സംഗത്തിൽ ഇരിക്കുമ്പോഴെങ്കിലും അപ്പൊ നമ്മൾ ഇല്ല എന്നുള്ള സ്ഥിതിയിലിരിക്കുന്നു ഈ പുറച്ച് പുറത്തു പോയിട്ട് നമ്മളുടെ പഴയ ഹാബിറ്റ് കൊണ്ട് മായ വന്ന് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല കുറച്ചു നേരത്തേക്ക് ഇവിടെ അജ്ഞാനമില്ല എന്നിരിക്കണം കുറച്ചു നേരത്തേക്ക് ജ്ഞാനമേ ഉള്ളൂ എന്നിരിക്കണം കുറച്ചു നേരത്തേക്ക് ഭഗവാൻ മാത്രമാണ് സത്യം ബാക്കിയൊന്നും സത്യമല്ല എന്നിരിക്കണം ബാക്കിയൊക്കെ സത്യമാണെന്ന് പറയാൻ പുറത്തു ധാരാളം ആളുകൾ ഉണ്ടല്ലോ എല്ലാരും പറയുമല്ലോ പേപ്പറുണ്ട് ടി വി ഉണ്ട് പരസ്പര ആളുകളുണ്ട് ഒരു വലിയ ആചാര്യൻ പറഞ്ഞു വേൾഡ് ഈസ് കളക്ടീവ് മ്യൂച്വൽ ഹിപ്പിനോട്ടിസം എന്നാണ് അങ്ങടും ഇങ്ങടും കൂട്ടത്തില് ഞാൻ നിങ്ങളെ പറഞ്ഞ് ഭ്രമിപ്പിക്കാം നിങ്ങളെ എന്നെ പറഞ്ഞ് ഭ്രമിപ്പിക്കാം പരസ്പരം ഒരു ഭ്രമമാണ് അത് പുറത്തു പോയാൽ നമുക്ക് കിട്ടും പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ സത്സംഗത്തിൽ ഇരിക്കുമ്പോ ഇവിടെ ഇല്ല ഇവിടെ പ്രപഞ്ചമില്ല ഇവിടെ മറ്റൊന്നുമില്ല ഇവിടെ ഗുരുവായൂരപ്പൻ അല്ലാതെ വേറെ ഒന്നുമില്ല അവിടെ ഇവിടെ ഭഗവാനല്ലാതെ വേറെ ഒന്നിനും സ്ഥാനമില്ല എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ മാത്രമാണ് സത്യം ബാക്കിയൊക്കെ ഉള്ള പോലെ തോന്നണമുണ്ടെങ്കിലും വാസ്തവമല്ല അത് കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ലേ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ എന്ന നടുവിൽ ഉള്ളൂ ആദവ് അന്തേജ എന്നാസ്തി വർത്തമാനേ ആദിയിലും അന്ധത്തിലും ഇല്ല വർത്തമാനത്തിൽ കാണുന്നു കാണട്ടെ കാണും എന്തൊക്കെയോ കാണും ടി വിയിൽ ഇപ്പൊ എന്തൊക്കെ കാണുന്നു സിനിമയിൽ എന്തൊക്കെ കാണുന്നു കുറച്ചു നേരം മുമ്പ് ഇല്ല കുറച്ച് കഴിഞ്ഞാൽ ഇല്ല നടുവിൽ എന്തൊക്കെയോ കാണും സ്വപ്നത്തിൽ കാണും നമ്മളുടെയൊക്കെ ജീവിതം കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ലേ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോലെ ഇപ്പോഴാണ് ഈ കൂത്ത് അതാണ് പൂന്താനം പറഞ്ഞത് മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് നടുവിൽ കുറച്ച് ദിവസം കാണുന്നു എന്തൊക്കെ കൂത്ത അല്ലെ എന്തൊക്കെ ബഹളം കൂട്ടല അപ്പോ സത്യം എപ്പോഴും ശാശ്വതമായിട്ട് നിൽക്കുന്ന സത്യത്തിനെ ധ്യാനിക്കാനാണ് സത്സംഗം സത്യത്തിനെ പറയാനാണ് സത്സംഗം സത്യത്തിനെ ആശ്രയിക്കാനാണ് സത്സംഗം സത്യത്തിനെ അറിയലാണ് ഏകാദശ സ്കന്ധം സത്യത്തിനെ ആശ്രയിക്കലാണ് ദ്വാദശ സ്കന്ധം അതാണ് ആശ്രയസ്കന്ധം എന്ന് പേര് സത്യത്തിനെ അറിയലൊന്ന് സത്യത്തിനെ ആശ്രയിക്കലൊന്ന് സത്യത്തിനെ ആശ്രയിച്ചാൽ നമ്മൾ സ്വതന്ത്രരായി അസത്യത്തിനെ ആശ്രയിച്ചാൽ നമുക്ക് ദുഃഖം വിട്ടുപോവുകയില്ല ഇങ്ങനെ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ ഭാഗവതത്തിലേക്ക് അടക്കാണ് ഭാഗവതം എന്താ നേരെ പറഞ്ഞു ദ്രവം ജ്യൂസാണ് എന്ന ഭാഗവതം വേർപ്പുണ്ടെങ്കിൽ ജ്യൂസ് കുടിച്ച സുഖവും താപമുണ്ടെങ്കിൽ അല്ലേ താപമുണ്ടെങ്കിൽ ഉഷ്ണമുണ്ടെങ്കിൽ ജ്യൂസ് കുടിച്ചാൽ സ്വഭാവം ഇപ്പൊ നമുക്ക് നല്ല ഉഷ്ണമുണ്ട് എവിടെയാ ഉഷ്ണം പുറത്തൊന്നുമല്ല അപ്പൊ പുറത്തൊക്കെ പേസി ഇട്ടിട്ടുണ്ട് പക്ഷേ അകത്ത് അധികം പേർക്ക് ഉഷ്ണുണ്ട് താപമുണ്ട് ആ താപം ഉന്മൂലനം ചെയ്യപ്പെടണം എന്നാണ് താപത്രയ ഉന്മൂലനം എങ്ങനെ താപത്രയത്തിന് ഉന്മൂലനം ചെയ്യും ഉള്ളിലുള്ള താപം എങ്ങനെ പോകുന്ന വെച്ചാൽ ഒരു മരുന്ന് തരാം ഒരു ജ്യൂസ് നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാത് അമൃത്രവ സംയുതം ഭാഗവതം രസം ആലയം മുഹുരഹോര ഭുവി ഭാവുക്കാ നിഗമകൽപ്പതരോർഗളിതം വേദത്തിന് നിഗമം എന്ന് പേര് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സംശയം കൂടാതെ ഭഗവാനിലേക്ക് നമ്മളെ ഗമിപ്പിക്കുന്നത് കൊണ്ട് അതിന് നിഗമം എന്ന് പേര് ഭഗവത് അനുഭവത്തിനെ ഉണ്ടാക്കി തരുന്നത് കൊണ്ട് നിഗമകൽപ്പതരോർ ഗളിതം ഫലം ആ വേദത്തിൽ നിന്നും വേദത്തിനെ ഒരു വൃക്ഷമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തില് നമ്മൾ എന്തിനു വേണ്ടിയാ മരം നേടുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ പെട്ടെന്ന് വൃക്ഷത്തിൽ നിന്നും ഫലം കിട്ടണം അതാണ് ഒട്ടുമാവ് ഒക്കെയാണ് ഇപ്പം മൂന്ന് വർഷത്തിൽ കിട്ടണം നമ്മളുള്ളവ തന്നെ കിട്ടണം എത്ര കാലം ജീവിക്കുമോ എന്നറിയില്ല നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ കിട്ടണം എന്ന് എന്താ ഫലമാണ് മുഖ്യം അതുകൊണ്ടാണ് വൃക്ഷത്തിന്റെ സാരം മുഴുവൻ ഫലത്തിലാണ് പഴത്തിലാണ് അതുപോലെ വേദമാവുന്ന വൃക്ഷത്തിന്റെ സാരം എന്താ മൃത്യോർമ അമൃതം ഗമയാം മരണത്തിൻ്റെ വക്ത്രത്തിൽ നിന്നും അമൃതാനുഭവത്തിലേക്ക് നമ്മൾ എത്തിക്കാനാണ് വേദം പക്ഷേ ആ തത്വം വേദത്തിൽ നിന്നും എടുക്കാൻ വളരെ വിഷമാണ് ബാക്കിയൊക്കെ എടുക്കും നമ്മൾ വേദത്തിൽ സാധാരണ ഒരു മന്ത്രം ചൊല്ലും അർത്ഥമറിയാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു യോ ഓ സ്മാൻ ദ്വേഷി യഞ്ചയം ദുഷ്മ ഇടയ്ക്കിടയ്ക്ക് സംഹിതാഭാഗത്തിൽ വരും ഞങ്ങൾ ആരെയൊക്കെ ദ്വേഷിക്കുന്നു ഞങ്ങളെ ആരെയൊക്കെ ദ്വേഷിക്കുന്നു അവർക്ക് എന്ത് വരണം അതൊക്കെ വേറെ വിഷയം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മന്ത്രങ്ങളും ഉണ്ട് എന്നർത്ഥം ഞങ്ങൾക്ക് സുപ്രജയം ഉണ്ടാവട്ടെ ധനമുണ്ടാവട്ടെ സമ്പത്തുണ്ടാവട്ടെ അങ്ങനെയുള്ള മന്ത്രമുണ്ട് സ്വർഗായ ലോകായ മന്ത്രമുണ്ട് പല വിധത്തിലുള്ള മന്ത്രങ്ങളുമുണ്ട് നമ്മൾ എന്തെടുക്കും വേദത്തിൽ സ്വാമി വെങ്കടേശാനന്ദ ശിവാനന്ദ സ്വാമിയുടെ ഒരു ശിഷ്യൻ ഉണ്ടായുണ്ട് അദ്ദേഹത്തിനോട് ഒരു ആൾ ചോദിച്ചു സ്വാമി ഈ പുരാണങ്ങളിലൊക്കെ പറയണു തപസ് ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ രംബാതിലോത്തമ ഉർവശി മേനക ഇവരൊക്കെ വന്ന് നർത്തനം ചെയ്യുന്നു പറയണു സത്യമാണോ സ്വാമി അതെ അതെ സത്യമാണ് ഈ കാലത്തും അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ചോദിച്ചു ഇക്കാലത്തും ഉണ്ടാവും ഒന്ന് എനിക്ക് തപസ്സു ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ തപസ് ചെയ്യണത് പ്രാർത്ഥിക്കല്ല ഈ വഴിയിൽ എന്തെങ്കിലും കിട്ടിയാൽ പരിക്കിയെടുത്തോണ്ട് പോകും എന്നർത്ഥം എന്നുവച്ചാൽ ആ പെറുക്കിയെടുക്കുന്നത് ലക്ഷ്യത്തിനേക്കാളും ആകർഷകമായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ അപ്പോ ലക്ഷ്യത്തിന് ക്രൂസും ഇങ്ങനെ വല്ലതുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് പെറുക്കിയെടുക്കുമോ അല്ല ലക്ഷ്യത്തിലേക്ക് പോവോ അപ്പൊ വേദത്തിൽ ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിന്നിപ്പോ ആര് ലക്ഷ്യം എടുക്കാൻ പോണു അമൃതാനുഭവത്തിന് ആരെടുക്കാൻ പോണു സാക്ഷാത്കാരത്തിന് വേണ്ടി ആര് എത്തിക്കാൻ പോണു ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ആരെത്തിക്കാൻ പോണു അതുകൊണ്ടാണ് േദവാദി വേദവാദികൾ പോലും മോഹിച്ചവോനു യാമിമാം പുഷം പ്രവദന്തി അവിപശ്യത വേദവാദര പാർത്ഥനയസ്തി വാദ കാത്മാന സ്വർഗരാഹ ജന്മ കർമ്മലപ്രദം കിയാവിശേഷ ബഹുടാം ഭൈശ്വര്യഗതി പ്രതി നോക്ക് ഭഗവാൻ ചീത്തവരുത്തു ഗീത എന്താന്ന് വെച്ചാൽ വേദത്തിന്റെ ലക്ഷ്യം മറന്ന് ഭോഗത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മാത്രമായി വേദമന്ത്രം ഉപയോഗപ്പെടുത്തും അതിന് കാരണം വേദമല്ല വേദത്തിൽ ഇതൊക്കെ ഉണ്ട് ജഗത്തിലുള്ളതൊക്കെ വേദത്തിലുണ്ട് ഇയാളുടെ വാസനക്കനുസരിച്ച് ഇയാൾ പെറുക്കിയെടുത്തു ഇയാളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇപ്പൊ ഭാഗവത സപ്താഹം പോലും അങ്ങനെയാണല്ലോ ഭാഗവതം പോലും പാരമാർത്ഥിക വിദ്യ പോലും രുക്മിണി കല്യാണത്തിനും മകൾക്ക് കല്യാണം കഴിയുന്നുള്ളത് കൊണ്ട് തിരക്കൂടും അപ്പൊ എന്താ നമ്മളുടെ വാസനയ്ക്ക് പെറുക്കിയെടുത്തോ നമ്മള് കൃഷ്ണാവതാരത്തിന് കുട്ടികളുണ്ടാവുമെന്ന് വെച്ചാൽ ചെറുപ്പം കൊടുക്കും വാസനയ്ക്കനുസരിച്ച് പെറുക്കിയെടുക്കും എല്ലാം എന്തൊക്കെ ഉണ്ടോ നമ്മളുടെ വാസനയ്ക്കനുസരിച്ച് നമ്മൾ വസ്തുവിനെ പെറുക്കിയെടുക്കും അങ്ങനെയുള്ളതുകൊണ്ട് തന്നെയാണ് നിഗമകൽപ്പതൂർ ഗളിതം ഫലം നിഗമ വേദമാവുന്ന വൃക്ഷത്തിൽ നിന്നും പഴുത്ത പഴം അതിന്റെ സാരം അതിന്റെ എസൻസ് അത് ഒരു കിളി കൊത്തി ചുവട്ടലിട്ടു അമൃതദ്രവ സംയുത്തം ശുഖാചാര്യ ശുഖബ്രഹ്മ മഹർഷി അദ്ദേഹം എന്തിനാ അപ്പൊ ഇതൊക്കെ മെനകെട്ടത് എന്ന് വെച്ചാൽ സംസാരിണം കരുണയാ കാരുണ്യം കൊണ്ട് സംസാരികൾക്ക് സംസാരികൾക്ക് കാരുണ്യം കൊണ്ട് പറഞ്ഞു അത്ര രാമകൃഷ്ണപരമംസർ ഉദാഹരണം പറയും മൂന്നുപേരും നടന്നു പോകുന്നു വിശപ്പ് എവിടെയും ഭക്ഷണം കിട്ടാനില്ല ദുർഭിക്ഷ ഒരിടത്ത് ചെന്നപ്പോ വളരെ ഉയർന്ന ഒരു മതില് അതിൻ്റെ മേലയ്ക്ക് കയറി നോക്കാം അങ്ങ അങ്ങോട്ട് എന്താ ഉള്ളത് നോക്കാം ഒരാള് മെനക്കിട്ട് കയറി കയറിയതും അങ്ങോട്ട് നോക്കുമ്പോ നല്ല തോട്ടം മധുരമായ പഴങ്ങൾ സരസ് ധാരാളം ജലം ഭക്ഷണ ഉണ്ട് എല്ലാ സുഖ തിരിഞ്ഞു പോയി നോക്കിയില്ലേ താടി ഈ നിൽക്കുന്ന ചോട്ടിൽ നിൽക്കുന്ന രണ്ടാള് കണ്ടു അയാൾക്ക് എന്തോ കിട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞു ഊഹിച്ചറിഞ്ഞതാണ് രണ്ടാമത്തെ ആൾ പറഞ്ഞു ഞാൻ മോളിൽ പോയിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞു ഇയാളെ മെനക്കെട്ട് കയറി മോളിൽ കയറി നോക്കിയപ്പോ ഇതൊക്കെ കണ്ടു സമൃദ്ധം ഇവിടെ മുഴുവൻ ദാരിദ്ര്യമാണ് സമൃദ്ധം ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ എല്ലാം ഉണ്ടോട്ടോ വേണമെങ്കിൽ വരൂ എന്ന് പറഞ്ഞാടി അപ്പൊ മൂന്നാമത്തെ ആള് തീരുമാനിച്ചു അവിടെ പോയിട്ട് കാണണം കണ്ടിട്ട് ആ സമൃദ്ധി കണ്ട് തിരിച്ചു വന്ന് ഇവിടെ ഉള്ളവരെയും ഒക്കെ ഒന്ന് പറയണം എന്നൊരു കാരുണ്യം ആ കാരുണ്യത്തിനെ ബലമായി വെച്ചുകൊണ്ട് ഇദ്ദേഹം മതിൽ കയറി കയറിയിട്ട് അവിടെയൊക്കെ കണ്ടു സ്പഷ്ടമായി കണ്ടു അല്പം കുറച്ച് ഭക്ഷിച്ചു എന്നിട്ട് ഇങ്ങട് ചാടി ആ ഇങ്ങിട് ചാടുന്ന ആളുകളാണ് ഈ ജീവൻ മുക്തന്മാരായി ആചാര്യന്മാരായിട്ട് വരുന്ന ശ്രീസുഖബ്രഹ്മ മഹർഷി സംസാരിണം കരുണയാഹ കരുണകൊണ്ട് സംസാരികൾ ഈ വിഷമിക്കുന്നത് കണ്ട് നാരായണ ഗുരുസ്വാമിയുടെ ഒരു ശ്ലോകമുണ്ട് അദ്ദേഹത്തിന് ഏകദേശം ഈ ഒരു സ്ഥിതിയിൽ താൻ ഇറങ്ങി വരുന്നതായിട്ട് ഒരു ശ്ലോകം സുബ്രഹ്മണ്യ സ്തോത്രത്തിൽ അദ്ദേഹം പറയുന്നു സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടിക്കൂട്ടി പെരുവെളിയതിലാക്കുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീരം നദിയിൽ മുങ്ങുവാൻ കാലമായി വന്നിപ്പോൾ ജ്ഞാനികൾ ഇറങ്ങിവരുന്നതിനെ പറയുന്നതാണ് സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു ചന്ദ്രൻ വെച്ചാൽ മനസ്സാണ് ചന്ദ്രൻ മറഞ്ഞു ദിനകരൻ ഉദയം ചെയ്തു ജ്ഞാനം പ്രകാശിച്ചു ഇനിയിപ്പോ പൂർണമായും ആ സ്ഥിതിയിലിരിക്കുന്നതാണ് തട്ടിത്തട്ടിക്കൂട്ടി പെരുവളിയതിലാക്കുവാൻ പിന്നെയാട്ടെ എന്ന് തട്ടിത്തട്ടിക്കൂട്ടി എന്ന് വെച്ചാൽ മനസ്സിനെ പൂർണ്ണമായും അഹങ്കാരത്തിനെ ശമിപ്പിച്ച് സ്വരൂപത്തിൽ ഇരിക്കുക അതൊന്ന് ചെയ്യാനുണ്ട് അത് പിന്നെയാട്ടെ പിന്നെയിപ്പൊ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കഷ്ടം ദീനം പിടിച്ചോ മധുരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട നദിയിൽ മുങ്ങുവാൻ കാലമായി വന്നിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ മദ്യപാനം ചെയ്യുന്ന അജ്ഞാനത്തിന്റെ മദ്യം കുടിച്ചും വിഷയവാസനകളുടെ മധുര കുടിച്ചും ലഹരി പിടിച്ച് നടക്കുന്ന ലോകരെ ഒന്ന് എഴുന്നേൽപ്പിക്കാനുണ്ട് എന്നാണ് അവർക്ക് ഈ സത്യം ഇങ്ങനെ ഒരു സത്യമുണ്ട് എന്ന് ബോധിപ്പിക്കാനുണ്ട് അവരും കൂടെ ഒന്ന് അറിയട്ടെ ഈ വിഷമം പിടിച്ച് ഈ ദാരിദ്ര്യം പിടിച്ച് ഈ ലോകത്തിൽ ജീവിക്കണമല്ലോ സമൃദ്ധമായ ഒരു ലോകമുണ്ടെന്ന് അവരും കാണട്ടെ അതിനുവേണ്ടി ചുവട്ടിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് അതേപോലെയാണ് ശ്രീശുഖബ്രഹ്മ മഹർഷി സത്യത്തിനെ കണ്ട് പാരമാർത്ഥിക സത്യത്തിനെ കണ്ട് സംസാരിണാം കരുണയാഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരു മുനീനാം വെറുതെയല്ല യസ്വാണുഭാവം അഖിലശ്രുതി സാരം തന്റെ സ്വാനുഭൂതിയിലുള്ളതും അഖിലവേദത്തിന്റെയും സാരമായിട്ടുള്ളതുമായ ആത്മാനുഭവത്തിനെ സ്വയം കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് അല്പം ചുവട്ടിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ ഒരു സ്ഥിതിയുണ്ട് ഇങ്ങനെ ഒരു അനുഭവസ്ഥിതി ഉണ്ട് ഉത്തിഷ്ടോത്തിഷ്ട ഉഷ്ഠത ജാഗ്രത എന്ന് വിളിക്കാനായിട്ട് ഇറങ്ങിവന്നു അത് അതാണ് ശുഖമുഖാത് അമൃതദ്രവ സംയുതം ശ്രീശുഖന്റെ മുഖത്തിൽ നിന്നും ഒഴുകിയ ഒരു അമൃതധാര അമൃത നദി അമൃതം എന്ന് വെച്ചാൽ നമുക്ക് ഈ പഞ്ചാമൃതമൊക്കെ കുറിച്ച് അമൃതം എന്ന് പറയുമ്പോ തന്നെ ഒരു മധുരത്തിന്റെ ഒരു ഭാവമാണ് വരണതുള്ളത് വാക്കിനർത്ഥം അത് നമ്മളെ മരണമില്ലാത്തവരാക്കി തീർക്കും എന്നർത്ഥം മരണമില്ലാത്തവരാക്കി തീർക്കും എന്ന് വെച്ചാൽ മരണമില്ലായ്മയാണ് നമ്മളുടെ സ്വരൂപം അങ്ങനെ വെച്ചാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവോ അങ്ങനെയല്ല ശരീരം മരിച്ചു പോവും രമണ മഹർഷിയോട് പറഞ്ഞു ബോഡി ഇസ് അനദർ നെയിം ഫോർ ഡെത്ത് ബട്ട് ദാറ്റ് ഈസ് വിച്ച് ഇൻ വിത്ത് യു എസ് ഐ ഐ ഇസ് ഇമോർട്ടൽ ശരീരത്തിന്റെ പേര് തന്നെയാണ് മൃത്യു അവിദ്യയാ മൃത്യും തീർത്തുവ വിദ്യയാ അമൃതമസ്നുതേ എന്ന് ശ്രുതി പറയുമ്പോ ഈ മൃത്യു എന്ന് പറയുന്നത് തന്നെ ശരീരമാണ് കർമ്മം കൊണ്ട് ശരീരത്തിനെ കടന്നിട്ട് ശരീരബന്ധത്തിനെ കടന്നിട്ട് ജ്ഞാനം കൊണ്ട് സ്വരൂപത്തിലിരിക്കൂ എന്നാണ് ശ്രുതിയുടെ ബോധം അപ്പൊ ശരീരം തന്നെ മൃത്യു അപ്പൊ ശരീരമാവുന്നതിന് മറന്ന് സ്വരൂപത്തിൽ ആത്മാവാകുന്ന ഭഗവാനെ ഉള്ളിൽ കണ്ടാൽ അത് തന്നെ അമൃതദ്രവ സംയുതം പിപത് പിപത് പിപത് എങ്ങനെയാ കുടിക്കും ചെവി കൊണ്ട് കുടിക്കുക യഹ കർണപുട്ടൈ സംഭൃതം ചെവികളാവുന്ന സ്വർണചകം കൊണ്ട് വാരി വാരി കുടിക്ക ശ്രവണം ചെയ്യ ഈ ചെവികളാവുന്ന സ്വർണചഷകം കൊണ്ട് വാരി കുടിക്കുക വായു കൊണ്ട് കുടിച്ചാൽ ശരീരം പുഷ്ടിപ്പെടും ചെവി കൊണ്ടു കുടിച്ചാൽ ഹൃദയം പുഷ്ടിപ്പെടും അപ്പൊ ഹൃദയം പുഷ്ടിപ്പെടെ ഇങ്ങനെ അമൃതദ്രവ സംയുതം കേട്ടുകൊണ്ടേ മനസ്സിന് പുറകിൽ ഒരു അമൃതധാര ബുദ്ധിക്ക് പുറകിൽ സാക്ഷിയുടെ അനുഭവം ശ്രവണം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അമൃതാനുഭവം കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ അമൃതാനുഭവം തത്വമസീം ആ സത്യമാണ് നീ എന്നുള്ളത് ഉള്ളിൽ ബോധിച്ചുകൊണ്ടേയിരിക്കുന്നു ശ്രവണം ഒരു വശത്തെ ചെവിയിലൂടെ വീണുകൊണ്ടേ ഇരിക്കുമ്പോ ഒരു അണ്ടർ കറണ്ട് ഒരു അന്തർധാരയായിട്ട് ഐക്യാനുഭവം ആ ഐക്യാനുഭവം ഏർപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് അമൃതദ്രവ സംയുതം പിവണപുടൈ പിണ്ട് കേൾക്ക ആ കുടിക്ക നേത്രൈഹി ശ്രോത്രൈശ് പീത്വാ പരമരസ സുഖാംബോധി പൂരേരമേതൻ ഭട്ടതിരി പറഞ്ഞു നേത്രൈഹി ഗുരുവായൂരപ്പന്റെ രൂപം ശ്രോത്രൈഹി ഭാഗവതം നേത്രൈഹി ശ്രോത്രൈസ് നമുക്ക് രണ്ടും കിട്ടി ഇവിടെ അല്ലെ ഗുരുവായൂരില വന്ന രണ്ടും കിടച്ചു കൊടുത്തേ നമുക്ക് കണ്ണാലോ ഗുരുവായൂരപ്പനെ കുടിക്കണം ചെവിനാള ഭാഗവതത്തെ കുടിക്കണം നേത്രൈഹി ശ്രോത്രീത്വ ഏഴിനാളിൽ എന്നെ വേണം പരമരസുഖാംബോധി പൂരേമേരൻ ഏഴു ദിവസത്തെ സപ്താഹം കൊണ്ട് പരമരസ സുഖാംബോധി പരമരസം അല്പരസമല്ല രസം എന്ന് വെച്ചാൽ തന്നെ ഭഗവാന്റെ സ്വരൂപമാണ് ആ രസസ്വരൂപനായ ഭഗവാനാകുന്ന സമുദ്രത്തിൽ നമ്മൾ ഇല്ലാതായിട്ട് തീരണം ബാക്കി നിൽക്കാൻ പാടില്ല ഉപ്പുപാവ സമുദ്രത്തിന്റെ ആളം ആഴം എത്രയുണ്ടോ എന്ന് അളക്കാൻ പോയ പോലെ ഉപ്പുകൊണ്ടുള്ള പാവ പറഞ്ഞു ഞാൻ സമുദ്രത്തിൽ പോയി ഒന്ന് എത്രയുണ്ടോ ഒന്ന് മുങ്ങി കുളിച്ചിട്ട് വരാം എന്നിട്ട് പറയാം വരുമോ തിരിച്ചു വരുമോ അതേപോലെ ഈ ഭഗവത് സുഖാംബോധിയില് പോയ ജീവൻ തിരിച്ചു വരില്ല അതായത് നിങ്ങളൊന്നും ഇനിയിപ്പൊ തിരിച്ചു ബോംബെയിലേക്ക് ഒന്നും പോകാൻ പാടില്ല അർത്ഥം തൃച്ചിയിലേക്ക് ബോംബെയിലേക്ക് ബാംഗ്ലൂർ ഒന്നും പോവാൻ പാടില്ല ശരീരം പോകട്ടും പരവാല പോരീരം പോന്നാലും പരവാല പോഴിലെ ഒരു ചൊല്ലുണ്ട് ആന ഒഴുങ്ങിന വിളാമ്പഴം ആന ഒഴുങ്ങിനാമ്പഴം ഒരു വിളാരങ്ങൾ മലയാളത്തിലാണ് കവിളാരങ്ങ അത് കവികൽപ്പനയാണെന്ന് പറയണ്ടേ ആന എന്നുള്ളൊരു വ്യാധിയാണെന്നും പറയും ആന വേങ്ങി വിസർജനം ചെയ്താൽ പുറമേക്ക് അതേപോലെ ഉണ്ടാവും അത്ര പക്ഷെ ഉള്ളിലുള്ളവർക്ക് എടുത്തുണ്ടാവുന്ന അതേപോലെ സത്സംഗത്തില് കഴിഞ്ഞു പോകുമ്പോ സത്സംഗത്തിലൂർ ബോംബെ എല്ലാം പുറത്ത് വെളിയിലെല്ലാം അതേമാതിരി ഉള്ള ആസാമി പോയ സാമിതാർക്ക് ആസാമിയെല്ലാം വിട്ടോ ഇങ്ങനെ പോണമേ തവര ആസാമിയോട് തുമ്പെല്ലാം ആസാമിയോട് വരും സ്വാമിതാമേ തടാ പരമരസുഖാം നികമ കൽപതോർതം ഫലം സുഖമുഖാത് അമൃത ദ്രവ്യുതം ഭാഗവതം ഭാഗവതം ഭാഗവതം രസം മുഹുരഹോ പിഹുരഹോ പിതം രസം ആലയം പിബദ എത്ര കാലം കുടിക്കണം എന്ന് വെച്ചാൽ മൃത്യുപര്യന്തം കുടിക്കാം മരണത്തിന് ശേഷം ജീവൻ മുക്തി സ്ഥിതിയിലും കുടിക്കാം ജ്ഞാനികൾ കുടിക്കുന്നു ആത്മാരാമാശ്രമനയാ നിർഗ്രന്ഥാ ഉരുക്രമേ കുറുവി അഹൈതുകീം ഭക്തിം ഇത്തം ഭൂതഗുണോ ഹരി ശുഖബ്രഹ്മ മഹർഷിയെ പോലെ ശരീരപ്രജ്ഞയില്ലാത്ത ജീവൻ മുക്തന്മാർ സദാശിവ ബ്രഹ്മേന്ദ്ര പോലെ ദേഹം ഉണ്ടെന്ന് പോലും അറിയാത്ത ആളുകൾ പറയുന്നു പിപരേ രാമരസം രസനേ പിപരേ രാമരസം രൂഹി മുതി സദാശിവ ബ്രഹ്മേന്ദ്ര പോലെ ഇക്കീവൻ മുക്താലേ ഇന്ന് രസത്തെ പാണം പണ്ട അപ്പുറം ഉങ്ങൾക്ക് എനക്ക് എന്ന മുഹു അഹോത ഭാഗവതം രസം ഭാഗവതം പഠിച്ചിട്ടേ ഇക്ക ശ്രവണമേക്കിലപ്പോ സമാധി ഭാവം വന്നിടും സമാധി രശ്ത നില അർത്ഥം ഇല്ല ഒരു ഭാവ സമാധി വന്നിടും ചിലപ്പോ കേട്ടിട്ടേ ഇക്കത് അപ്പൊ ഒരു ലയം ഏർപ്പെട്ടു സ്വരൂപജ്ഞാന സ്ഫൂർത്തി കൊഞ്ച കൊഞ്ചം അപ്പപ്പോ ഉള്ള പ്രകാശം ആകും അപ്പകാശമാറ ഒരു സമാധി നിലയില ചിലപ്പോ ശ്രവണമേ കേക്കേ മാറ്റം അത് അപ്പം അതിലേക്ക് ഉദിച്ച് എഴുന്നോ പിന്നെ അപകടമാണ് അറിഞ്ഞാൽ പുറത്ത് പോകില്ല തള്ളി അതാൽ ഉയവകയേതുരെ അരുണാചല ഭഗവാൻ ഭഗവാനേ എന്നെ പിടിച്ച് വെളിയിലെ തള്ളിവിട്ടാ കർമ്മ വനയെല്ലാം അങ്ങ പാത്തണ്ടേ ഇരിക്ക പിടിച്ചിക്കും അതിനാ കരയേത്ത ഒന്ന വിട്ട് വിളക്കവേപ്പെടാ അത് ഭഗവത് അനുഭൂതിയെ വിട്ട് അന്ത വകം നവന്മാന പിടിച്ചിട്ടുടു നവതുക്കാമെ ഇക്കാം രൊ മുഖ്യം നിഗമകൽപ്പതോർ ഗളിതം ഫലം മുഖാത് അമൃതം ഭാഗവതത്തെ വ്യാസർ ഏൻ എഴുതിന വ്യാസൻ ഭാഗവതം എഴുതാൻ കാരണം എന്താ എന്തിനു വേണ്ടി എഴുതി അല്ലാ ഭാഗവതം ധാരാളം കേട്ട ആളുകളാണ് ഇതൊക്കെ അറിയാം വ്യാസ വേദത്തിനെ നാലായി ന്യസിച്ചു ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം നാലായി പിരിച്ച് തന്റെ നാല് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു പൈലൻ സുമന്തു ജൈമിനി വൈശമ്പായനൻ ഈ നാലുപേർക്ക് പഠിപ്പിച്ചു പുരാണങ്ങളൊക്കെ എഴുതി ഈ ഭാഗവതം പറയുന്ന സൂതന്റെ അച്ഛനായ രോമഹർഷണന് പഠിപ്പിച്ചു അതും പോരാ വേദാർത്ഥം എല്ലാവർക്കും സ്ത്രീകൾക്കൊക്കെ കിട്ടണം ശൂദ്രന്മാർക്ക് കിട്ടണം എന്ന് വെച്ചാൽ അവർക്ക് വേദം പഠിക്കാനോ സംസ്കൃതം പഠിക്കാനോ ശാസ്ത്രം പഠിക്കാനോ അർഹതയില്ലാത്തവർക്ക് പോലും കിട്ടണം എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമായിരിക്കണം എന്ന് പറഞ്ഞ് മഹാഭാരത എഴുതി കഴിഞ്ഞിട്ടും വ്യാസന് തൃപ്തി വന്നില്ലേ ജ്ഞാനികൾക്കും ഒരു അസംതൃപ്തി ജ്ഞാനികൾക്ക് എങ്ങനെ അസംതൃപ്തി വരും അവർക്ക് അസംതൃപ്തി വരാമോ എന്നുവെച്ചാൽ ജ്ഞാനത്തിൽ ഈ പറഞ്ഞ പോലെ ഉത്തിഷ്ടോത്തിഷ്ട ശീരം എല്ലാരെയും ഉണർത്തണം എന്നൊരാഗ്രഹം വെച്ചുകൊണ്ട് ചോട്ടൽ വന്നാൽ അവിടെ ഒരു അസംതൃപ്തി ഉണ്ടാവും എന്താന്ന് വെച്ചാൽ ഈ ആളുകളൊന്നും ഉണരില്ലേ എത്ര ജ്ഞാനികൾ വന്നാലും ഉണരില്ല നമ്മളൊക്കെ എത്രയോ കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നു ശങ്കരാചാര്യരെയും നമ്മൾ കണ്ടിട്ടുണ്ട് സുഖബ്രഹ്മ മഹർഷിയും നമ്മൾ കണ്ടിട്ടുണ്ട് വ്യാസനെയും നമ്മൾ കണ്ടിട്ടുണ്ട് കൃഷ്ണനെയും നമ്മൾ കണ്ടിട്ടുണ്ട് രാമനെയും കണ്ടിട്ടുണ്ട് എല്ലാ കാലത്തിലും ഉണ്ടായിരുന്നിട്ടുണ്ട് കൃഷ്ണൻ വൃന്ദാവനത്തിൽ അനേക സഹസ്രം പശുക്കളെ മേച്ചുകൊണ്ട് പോകുമ്പോ ചിലപ്പോൾ ആ പശുവിന്റെ മേലെ ഈച്ചയായിട്ടിരുന്നുണ്ടാവും എവിടെങ്കിലും പെയിനായിട്ടിരുന്നുണ്ടാവും ഏതെങ്കിലും വിധത്തിൽ ഇരുന്നുണ്ടാവും അവിടെ എന്തെങ്കിലും ഒരു പക്ഷിയായിട്ടോ പുഴുവായിട്ടോ ഒക്കെ ഇരുന്നുണ്ടാവും ഒക്കെ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഒന്നും രക്ഷപ്പെട്ടില്ല അപ്പൊ അവസാനം എന്താ ഗുരുവായൂർ വന്നിപ്പോ ഭാഗവലം കേൾക്കണ സ്ഥിതി പേരെത്തിക്കണം പറയണ സ്ഥിതി പേരെ എത്തിയിരിക്കണം നിങ്ങളുടെ കൂടെ തന്നെ ഞാനും പറയണ സ്ഥിതി പേരെ എത്തിയിരിക്കണം കേൾക്കണ സ്ഥിതി പേരെത്തിരിക്കും അപ്പോ വ്യാസഭഗവാനെ പോലെ എത്രയോ മഹാത്മാക്കൾക്ക് ഈ ദുഃഖം ഉണ്ടായിട്ടുണ്ട് ഇവരെപ്പോ എഴുന്നേക്കും എന്നാണ് ഈ ലോകം മഹാഭാരതത്തിൽ വ്യാസൻ പറയണോ ഒന്ന് നിങ്ങളൊന്ന് എണീക്കൊന്നാണ് ഊർധ്വബാഹു വിരോമേഷ് ശൃണോതിമേ ർമാർ കാമശ്ചർമ്മക്ക് ധർമ്മത്തിനെ ആശ്രയിക്കൂ ഞാൻ കയ്യുയർത്തി വിളിച്ച് നിങ്ങളെയൊക്കെ എഴുന്നേൽപ്പിക്കണോ നിങ്ങളെ എഴുന്നേക്കാം കൂട്ടാക്കണില്ല ആരും കേൾക്കണില്ലല്ലോ ധർമ്മത്തിൽ നിന്ന് അർത്ഥകാമങ്ങൾ അനുഭവിക്കൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആരും കേൾക്കണില്ല അത്ര മാത്രമല്ല ധർമ്മം മുമ്പിൽ ചെയ്യില്ല മെനക്കിട്ട് പാപം ചെയ്യണമെന്ന് ധർമ്മം പ്രസംഗാത പി ആചരന്തി പാപം പ്രയത്നേന സമാചരന്തി ആശ്ചര്യമേതധി മനുഷ്യലോക്ക് അമൃതം പരിത്യജ്യ വിഷം പിബന്തി എന്നാണ് അമൃതത്തിനെ തട്ടിക്കളഞ്ഞിട്ട് വിഷം വില കൊടുത്ത് വാങ്ങിക്കുടിക്കണം കിണറ്റിൽ നല്ല വെള്ളമുണ്ട് അതൊക്കെ വിട്ടിട്ട് പെപ്സി വാങ്ങിക്കുടിക്കണല്ലേ അമൃതം പരിത്യജ്യ വിഷം പിബന്തി കാശ് കൊടുത്ത് വാങ്ങി കുടിക്കാൻ അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങളില് ഭഗവാൻ നമുക്ക് മുമ്പിൽ സുലഭമായ ഋഷികൾ ചിലത് പറഞ്ഞു തന്നിട്ടും ചെയ്യാൻ എളുപ്പമാണെങ്കിൽ പോലും ചെയ്യില്ല ഒരാളെ കുത്തുക കൊല്ല തീവ്രവാദം ചെയ്യാം ബോംബ് വയ്ക്കുക അതൊക്കെ എളുപ്പമുള്ള കാര്യമാണോ പക്ഷെ മെനക്കെട്ട് ചെയ്യുന്ന അത് ചെയ്യുന്ന എളുപ്പം നമ്മളെ കൊണ്ട് ഈ ഭാഗവതം കളിക്കണ പോലെ എളുപ്പമാണോ അത് ഭാഗവതം വായിക്കണ പോലെ എളുപ്പമാണോ ഇല്ല പറയണ പോലെ എളുപ്പമാണോ ഇതിനേക്കാളും ഒക്കെ വിഷമാണ് എന്നാലും പ്രയത്നേന സമാചരന്തി വ്യാസഭഗവാൻ പറഞ്ഞു പ്രയത്നപ്പെട്ട് മെനക്കെട്ട് ചെയ്യണമെന്നാണ് പാപം അപ്പൊ വ്യാസന് ദുഃഖം വരാതിരിക്കോ വിഷമായ അദ്ദേഹത്തെ ശരി മഹാഭാരതം എഴുതി എന്തിനാണ് മഹാഭാരതം എഴുതിയെന്ന് വെച്ചാൽ ഭഗവത്ഗീത പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ എല്ലാവർക്കും പിടിയിട്ടില്ലേ അതുകൊണ്ട് കുറെ കഥകളൊക്കെ പറഞ്ഞ് അവരെയൊക്കെ അവരോ ഒരു പാണ്ഡവര് യുദ്ധം കൂടി അതൊക്കെ പറഞ്ഞിട്ട് ഗീത പറയാൻ വേണ്ടിയിട്ടാണ് ഭാരതം എഴുതിയത് അല്ലാതെ ഭാരതത്തിൽ ഒരു ഭാഗമല്ല ഗീത ഗീ ഇപ്പൊ ഒരു പ്രഭാഷണത്തില് ഇപ്പൊ നമ്മൾ പല സംഭവങ്ങളും പറയണമല്ലോ ഇതിൽ ഭഗവത് കഥ പറയാൻ വേണ്ടിയിട്ട് വന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് ഞാൻ ആദ്യം തന്നെ കൽപ്പിച്ചിട്ട് മനസ്സിലാവാൻ വേണ്ടി കുറെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അല്പം ഭഗവത് കാര്യം പറയുകയാണെങ്കിൽ അതുപോലെയാണ് മഹാഭാരതം ഭാരതം വ്യാസഭഗവാൻ എഴുതിയതിന്റെ ഉദ്ദേശം ഗീതയിലുള്ള തത്വം എങ്ങനെയെങ്കിലും എല്ലാവർക്കും കിട്ടണം അതിന് കുറേ കഥകൾ പറഞ്ഞു അവസാനിപ്പോൾ എന്തായെന്ന് വെച്ചാൽ ആളുകൾ ഈ ഗീതയൊന്നും ആരും ശ്രദ്ധിക്കില്ല ഇപ്പൊ നമ്മള് ഒരു മണിക്കൂർ ഭഗവത് തത്വം പറഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ല രസമായ ഒരു കഥ പറഞ്ഞാൽ തമാശ പറഞ്ഞാൽ ജോക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ യുദ്ധം ഷണ്ടകൂടൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ എന്തോർമ്മയുണ്ടാവും ഒരു മണിക്കൂർ ഭഗവത് കഥകളും ഭഗവത് തത്വങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് നേരം ഒരു തമാശയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോകുമ്പോൾ അതേ ഓർമ്മയുണ്ടാവും അപ്പോൾ ഒരു ഗ്രന്ഥത്തിൽ ധാരാളം യുദ്ധവും അനേകവിധ ചർച്ചകളും ധർമ്മം ശരിയാണോ അങ്ങനെയുള്ള ധർമ്മമാണോ ഒരേ ചർച്ചകളൊക്കെ കഴിഞ്ഞ് ഒരു എഴുന്നൂറ് ശ്ലോകം ഭഗവത്ഗീത ഒന്നേകാൽ ലക്ഷം സ്വ സ്വച്ഛം ഗ്രന്ഥത്തില് ശ്ലോകം ഭഗവത്ഗീത ആളുകളൊന്നും ശ്രദ്ധിച്ചില്ല മാത്രമല്ല മഹാഭാരതം വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്ന് പ്രചരിപ്പിച്ചു തുടങ്ങി വ്യാസ ഭഗവാൻ ഭാവം എനക്കിട്ട് എഴുതിയിട്ട് വീട്ടിൽ വെച്ചാ യുദ്ധം വരും വായിക്കരുത് എന്നൊക്കെ ചണ്ട കൂടും എന്നൊക്കെ ആളുകൾ വേറെ പ്രചാരം അതൊരു പക്ഷെ ശരിയായിരിക്കാം എന്താണെന്ന് വെച്ചാൽ വായിച്ച് വായിച്ച് വായിച്ച ആളുകൾക്ക് ഈ യുദ്ധം തന്നെ മനസ്സിൽ നിൽക്കുകയാണ് തമ്മിൽ തമ്മിലുള്ള അസൂയ ചണ്ട അപ്പൊ വ്യാസൻ തോന്നി ഫെയിലെ എഴുതിയിട്ടും ആളുകൾ ഭഗവാന്റെ അടുത്ത് തിരിയണില്ലല്ലോ എന്താ കാരണം ഞാൻ ഇത്രയധികം എല്ലാവർക്കും മനസ്സിലാവണം എന്ന് എഴുതി എന്തുകൊണ്ട് ഈ ജനങ്ങൾ മനസ്സിലാക്കിയില്ല എന്നിരിക്കുമ്പോഴാണ് ശ്രീനാരദ മഹർഷി വ്യാസാശ്രമത്തിലേക്ക് വരുന്നത് ശ്രീനാരദം പറഞ്ഞു വ്യാസരേ യഥാ ധർമാദയശ്ചാർഥാ മുനിവര്യാക്കീർത്തിതാ നഥാ വാസുദേവ മഹിമാഹി അനുവർണിത ധർമ്മത്തിനെയും അർത്ഥത്തിനെയും കുറിച്ച് അവിടുന്ന് എത്ര കണ്ടു പറഞ്ഞു അത്ര കണ്ട് വാസുദേവ മഹിമ ഭഗവത് മഹിമ പറഞ്ഞില്ലേ ഈ ഭഗവ വിശ്വം തന്നെ ഭഗവാന്റെ ശേഷം മഹിമാ ഭുവി ഭഗവാന്റെ മഹിമയാണ് വിശ്വം ഭഗവത്തത്വം പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിന് എവിടെ ശാന്തി കിട്ടും ഭഗവത് തത്വം പറയാതെ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അതിൽ പോയി മനസ്സ് പിടിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രഭാഷണം ചെയ്യുമ്പോ എന്തെങ്കിലും അല്പം വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിൽ പോയി പിടിക്കും തഥോ അന്യഥാകിഞ്ചന യവക്ഷത ഭഗവാനല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ഉദ്ദേശിച്ചാൽ പോലും ഞങ്ങളെപ്പോലെയൊക്കെ ഉള്ളവർക്കൊരു ഇൻസ്ട്രക്ഷൻ കൂടിയാണിത് നാരദം പറയണത് നിങ്ങൾ നാട് നന്നാക്കിക്കളയാം എന്നൊന്നും ധരിച്ചു പോവരുത് ധർമ്മത്തിനെ കുറിച്ച് പോലും പറയരുത് എന്നാണ് നാരദം പറയുന്നത് ജുഗുപ്സിതം ധർമ്മകൃതയുശ്സ ഒരു വലിയ ഇൻസ്ട്രക്ഷനാണ് ധർമ്മത്തിനെ കുറിച്ചുപോലും മിണ്ടിപ്പോകരുത് എന്നാണ് എന്തോ എന്തുകൊണ്ട് ഇപ്പൊ ആളുകളുടെ അടുത്ത് ധർമ്മിഷ്ടരായിരിക്കും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് എന്താ തെറ്റെന്ന് വെച്ചാൽ അതിൽ ആദ്യം ഞാൻ ധരിക്കുന്നു ഞാൻ അതിലൊക്കെ ഉയർന്ന ആളാണെന്നും രണ്ടാമത് നിങ്ങൾക്കൊക്കെ കർത്തൃത്വവും സ്വാതന്ത്ര്യവും ഉണ്ടെന്നും ഞാൻ ധരിക്കണം എന്നിട്ട് നിങ്ങളോട് ഇന്നത് ചെയ്യൂ എന്നും ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയണം അങ്ങനെ പറയണത് കൊണ്ട് ഈ ലോകം നന്നാവുകയാണെങ്കിൽ എന്നോ നന്നായിരിക്കണം എത്ര ആളുകൾ ഡൂസ് ആൻഡ് ഡോൺസും കഴിഞ്ഞു ഇന്നത് വേണം ഈ ബൗദ്ധന്മാരുടെ ഇടയിൽ ആദ്യം ബുദ്ധൻ ചില ആദർശങ്ങൾ വെച്ചു അതിനുശേഷം വന്ന ബുദ്ധ സന്യാസികൾ അറുപത് നിയമങ്ങൾ ഉണ്ടാക്കി സന്യാസികൾ ചെയ്യണമെന്നും ചെയ്യാൻ പാടില്ലാത്തതും പിന്നീടത് പിന്നീട് വന്ന സാധുക്കൾ ഇരുന്നൂറ്റി അമ്പത് നിയമങ്ങളാക്കി പിന്നീട് വന്നവർ രണ്ടായിരത്തി ചെല്ലാനും ആക്കി ഇപ്പൊ എഴുപത്തയ്യായിരം നിയമങ്ങളുണ്ട് അത്രവർക്ക് ഇത് ആര് പഠിക്കും ആര് ചെയ്യും ഓരോ നിയമത്തിനും ഓരോ ലൂപ്പ് ഹോളുണ്ടാക്കും ബുദ്ധൻ ഇപ്പൊ ഈ നിയമമൊക്കെ പഠിച്ചിട്ടാണോ ബുദ്ധനായത് അതുകൊണ്ട് വ്യാസനോട് പറഞ്ഞു നാരദര് വ്യാസരെ ഇന്നത് ചെയ്യാ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അങ്ങ് ധാരാളം മഹാഭാരതത്തിൽ പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ കണ്ടു ഇപ്പോ അതുകൊണ്ടൊക്കെ മതി ഇനി അതൊന്നും പറയണ്ട ഭഗവാനെ കുറിച്ച് അല്ലാതെ ഒന്നും ഉണ്ടരുത് ഭഗവത് കഥ പറയുക ഭഗവത് തത്വം പറയുക കഥകൾ പറയുക ഭഗവാനെ സ്തുതിക്ക ഭഗവത് തത്വം പറയാം മൂന്നെണ്ണമാണ് ഭാഗവതത്വം ഭഗവാന്റെ കഥകള് ഉപദേശങ്ങൾ സ്തുതികൾ ഈ മൂന്ന് കൊണ്ടും ഈ ഉപദേശത്തിലേക്ക് പോകണമെങ്കിൽ വളരെ വിഷമാണ് ഈ കൊട്ടീം കോലും കളിക്കുന്ന പോലെയാണ് കൊട്ടീം കോലും കളിക്കുമ്പോൾ പുള്ളി ചോട്ടിൽ വെച്ച് ഒരടി കൊടുക്കും അടി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളു കുറച്ച് ദൂരത്തേക്ക് വയ അല്പം ഉയർന്നു കഴിഞ്ഞാൽ ഒരടി കൊടുത്താൽ നേരെ മേലോട്ട് പോകുന്നു അല്ലേ അതേപോലെ ഈ ഭഗവാന്റെ കഥകൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് മനസ്സ് ഒന്ന് ഉയർന്നാൽ ഭഗവാനെ സ്തുതിക്കാൻ പറ്റും സ്തുതി കൊണ്ട് അല്പം കൂടെ ഉയർന്നാൽ ഏകാദശത്തോട് പറയുന്ന വേദാന്തവും ആത്മതത്വവും ഒക്കെ നമുക്ക് അനുഭവത്തിലേക്ക് പിടികിട്ടും പറ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നാരദൻ പറഞ്ഞു കഥകൾ പറയണം കഥകൾ ആരുടെ കഥകളാ പറയുന്നത് ഭഗവാന്റെ കഥകളേക്കാളും കൂടുതൽ ഭക്തന്മാരുടെ കഥകൾ പറയണം എന്തിനാന്ന് വെച്ചാൽ ഭഗവാന്റെ കഥയൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ഓ ആശ്ചര്യപ്പെടാം നമുക്ക് ബഹുമാനിക്കാം അല്ലെങ്കിൽ ഭക്തി ചെയ്യാം പക്ഷെ ഭക്തന്മാരുടെ കഥ പറഞ്ഞാൽ നമുക്കൊരു ഒരു താതാത്മ്യഭാവം വരും നമുക്ക് പറ്റും ചിലതൊക്കെ നമ്മളുടെ ദൗർബല്യം ചിലതൊക്കെ നമുക്ക് വഴികാട്ടിയായിട്ടിരിക്കുന്നു നമ്മളെ പോലെയൊക്കെ ഉള്ള ഭക്തന്മാരെയൊക്കെ അതിൽ നമുക്ക് കാണാം അനേക വിധത്തിലുള്ള ഭക്തന്മാരെ കാണാം ഈ ഭക്തന്മാരെയൊക്കെ നമുക്ക് ഭക്തന്മാരുടെ കഥ നമുക്ക് അനുകരണീയമാണ് ഭഗവാന്റെ കഥ അനുകരണീയമല്ല കേവലം ബഹുമാനിക്കാം നമസ്കരിക്കാം അത്രേ പറ്റുള്ളൂ അപ്പൊ ഭക്തന്മാരുടെ കഥയും ഭഗവാന്റെ കഥയും കൂടെ ചേർന്നാണ് ഭാഗവതം ഭഗവതഹായുധം ഭാഗവതാനാമിതം അങ്ങനെ രണ്ടും കൂടെ ചേർന്ന് പറയാ അതല്ലാതെ വേറെ ഒന്നും മിണ്ടിപ്പോവരുത് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കിഞ്ചനയക്ഷത എന്തെങ്കിലും പറയണമെന്ന് അല്പം ഉദ്ദേശിച്ചൊരു അക്ഷരം മിണ്ടിപ്പോയാൽ പൃഥക് ദൃശ അപ്പൊ ആളുകൾക്ക് ബുദ്ധി വേറെ വേറെ വേറെ വേറെ വന്നു പോകും ദ്വൈതബുദ്ധി വന്നു തത്കൃതരൂപനാമഭിഹി നുത്രചിത്വാപിച്ച ദുസ്ഥിതാമതിഹീ ലഭേദ വാതാഹതനൌരിവാസ്പദം കൊടുങ്കാറ്റിൽപ്പെട്ട തോണി സമുദ്രത്തിൽ ഒരു പിടി കിട്ടാതെ ഒരിടത്തൊരാസ്പദം കിട്ടാതെ അലയുന്ന പോലെ ചിത്തം അലഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഭഗവത് തത്വമല്ലാതെ വരൊന്നും മിണ്ടിപ്പോയരുത് നാരദമഹർഷി അതുകൊണ്ട് ഭാഗവതം ഭാഗവതം പറയും ഭാഗവതം കേൾക്കട്ടെ എന്നിട്ട് നോക്കുക വല്ല ബലം അങ്ങേക്ക് അങ്ങേക്ക് തൃപ്തി വരുന്നുണ്ടോ എന്ന് നോക്കാം കൃഷ്ണകഥ പറയൂ പ്രഹ്ലാദ ചരിത്രം പറയൂ ധ്രുവചരിത്രം പറയൂ ഗോപസ്ത്രീകളുടെ ഭക്തിയെ കാണിക്കൂ ഉദ്ധവന് ഭഗവാൻ ഉപദേശിച്ചത് പറയൂ എത്രയോ മഹാത്മാക്കൾ ഭക്തന്മാർ തമ്മിൽ സാധു സാധു സമാഗമത്തിനെ കുറിച്ച് പറയൂ ഇതൊക്കെ വർണ്ണിച്ചിട്ട് എന്നിട്ട് എന്നോട് അത് ഫലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുക അങ്ങനെയാണ് ശ്രീനാരദൻ ഭാഗവത ദീക്ഷാവ്യാസ ഭഗവാൻ കൊടുത്തു ഭാഗവത ദീക്ഷ ഭാഗവത ദീക്ഷ കൊടുത്ത് നാരദ മഹർഷി തന്റെ പൂർവചരിത്രം വ്യാസരോട് പറഞ്ഞു ഹേ വ്യാസരെ ഞാൻ പൂർവജന്മത്തിൽ ഒരു ദാസിയുടെ മകനായിട്ട് ജനിച്ചു അവിടെ കുറേ യോഗികൾ സന്യാസികളൊക്കെ ആ ഗ്രാമത്തിൽ വന്നപ്പോ ഈ ദാസി അമ്മ എന്റെ അമ്മ കുട്ടിയായിരിക്കണം എന്നെ അവിടെ കൊണ്ടുചെന്നാക്കി ആ സന്യാസികളുടെ കൂടെ ഞാൻ അടങ്ങി ഒതുങ്ങിക്കഴിയും സാധാരണ കുട്ടികൾ എങ്ങനെയാ ബാലസ്ഥാവത് ക്രീഡാസക്ത ഇനി ഇതും കൂടെ പറഞ്ഞ് തീർക്കാം കുറച്ചൊരു സമയം നാരദൻ പറഞ്ഞു തേ മൈ അപേതാഖിലാപലർ ഭകേ ദ അതി അണു വർത്തിനി ഒരു ചാപ്പല്യവും ഇല്ലാത്രിക്ക് കുട്ടി അടങ്ങി ഈ സാധുക്കളെ കണ്ടുകൊണ്ടിരിക്കും അത് വാസനയാണേ ചില ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കാണാൻ ചിലപ്പോൾ ആ വാസന ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ സാധുക്കളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ദാന്തെ അടക്കമായിട്ടിരിക്കും എന്നാണ് കുട്ടികളെ കൊണ്ടിരിക്കാനേ പറ്റില്ല ചില കുട്ടികൾ ഇങ്ങനെ ഇരിക്കും ചില അച്ഛനും അമ്മയും ഒക്കെ പ്രഭാഷണത്തിന് കുട്ടി കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കും കുട്ടി കുറെ നേരം ഇരിക്കും കുറെ നേരം അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും അമ്മയും നോക്കും ഇടയ്ക്കിടയ്ക്ക് നോണ്ടും അവസാന അമ്മ ഒന്നിലേക്ക് ഒരു അടി കൊടുക്കും അമ്മ ദാന്തെന്നാണ് അടക്കം കളിപ്പാട്ടവും വല്ലതും കുട്ടി വെച്ചിട്ടു അതിർതക്രീടനകെ ഒരു കിരീടനകുമില്ല പ്രഹ്ലാദനക്രീടനഗോപാലടവത്തന്മനസ്തയ കൃഷ്ണഗ്രഹഗൃഹീതാത്മാനവേദ ജഗതീദൃശ്യം ഒരു കീടനകം കളിപ്പാട്ടമൊന്നുമില്ല അതിർതക്രീഡനക പിന്നെയോ അനുവർത്തിനി എന്തോ ഒരു ആകർഷണം ഇരുമ്പ് കാന്തത്താൾ ആകർഷിക്കപ്പെടുന്ന പോലെ ഈ കൊച്ചുകുട്ടി ഈ സാധുക്കൾ കുളിക്കാൻ പോകുമ്പോ പുറകെ പോവും അവർ ജപിക്കുമ്പോൾ അവിടെ ഇരിക്കും അവർ ധ്യാനിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും അവർ തമ്മിൽ സത്സംഗത്തിൽ പറയണതൊക്കെ കേട്ടുകൊണ്ടിരിക്കും അനുവർത്തിനി ഈ കുട്ടി എങ്ങനെയാ കണ്ടപ്പോ ചക്ര കൃപാം യദ്യപി തുല്യദർശനാ അവർ തുല്യദർശികളാണ് സമദർശികളാണ് എന്നിട്ടും അവരുടെ ഉള്ളിലുള്ള ചിശക്തി കൃപ ഈ കുട്ടിയുടെ മേലേക്ക് അങ്ങോട്ട് വീണു എന്താ ഈ കുട്ടിയുടെ യോഗ്യത ശുശ്രൂഷമാണേ മുനയോ അല്പഭാഷിണി ഈ ചെറിയ കുട്ടി ശുശ്രൂഷ ചെയ്യോ അത്രേ എന്താ മുഖ്യമായ ശുശ്രൂഷ എന്താ ശ്രോത്തുമിച്ഛയാണ് ശുശ്രൂഷ കേൾക്കാനുള്ള പക്വതയാണ് ശുശ്രൂഷ അതിനുമേലെ ഇവർക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പുഷ്പം പറച്ചുകൊണ്ട് കൊടുക്കോ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യമൊക്കെ കുട്ടി ചെയ്തിട്ടുണ്ടാവും അൽപഭാഷിണി കുട്ടി അല്പഭാഷിയായിട്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഉച്ചിഷ്ടോ അവർക്ക് എന്താ സാപ്പാട് എങ്കിലും ഒരു ജലത്തില് മുക്കുള ഏഴു ഇടത്തു വന്ന ഏഴു വീട്ടിൽ ഏഴു രുചിയാക്ക് എന്താ നന്നാ രുചിയാക്ക് പാകലാം അച്ഛാ എല്ലാത്തിയ ജലത്തിൽ ഒരു മുക്ക് മുക്കിനാ എല്ലാത്തോടും രുചിയും സമ ആ അപ്പം അത് സാപ്പ സാപ്പിട്ട് കുഴഞ്ഞ ഉണ്ട് നാരുതർ പൂർവ ജന്മാവല്ലേപാന് ലേപം എന്നാ തരമാ തമിഴ്ക്കാരും നന്നാ മലയാളത്തിലെ ഉണ്ടോ തോമ നമുക്കൊല്ല അടിക്ക് ഉണ്ടോ വഴിച്ച് എടുക്ക അവസാനം കുട്ടികൾക്കെങ്ങനെ അമ്മമാരെയടുത്തു വെച്ചിട്ട് ഇപ്പൊ അതൊക്കെ പോയിരിക്കണം ചുറ്റൊരു നാലഞ്ച് കുട്ടികളെ വെച്ചിട്ട് മുത്തശ്ശി മുത്തശ്ശിയൊക്കെ ഓൾഡ് ഏജ് ഹോമിലാണ് മുത്തശ്ശി കുട്ടികളെയൊക്കെ ചുറ്റും വെച്ച് ഓരോ കുട്ടികൾക്കായിട്ട് കയ്യിലിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടിക്കുഴമ്പ് ആർക്ക് വേണം ഓരോ കുട്ടികളൊന്നും ഒന്നും അടിക്കും ചിലപ്പോൾ കുട്ടികൾ അപ്പൊ അടിക്കുഴമ്പ് ആനക്കുട്ടി എന്ന് പറയും അടിക്കുഴമ്പ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആനക്കുട്ടി പോലെ ആവുന്നു ആ കുഴമ്പാണ് ലേപം അതങ്ങനെ വഴിച്ചെടുത്തിട്ട് ഉച്ചിഷ്ടേപാന് അനുമോദിതോ ദ്വിജയി സഹൃത്സ്മപുഞ്ജാസ്തൽ ഈ കൊച്ചുകുട്ടിയെ അടുത്ത് വിളിച്ച് അതിലേതോ ഒരു മഹാത്മാ ഭാരതൻ പേരൊന്നും പറഞ്ഞില്ലേ ഗുപ്തമായി വയ്ക്കും ചിലപ്പോ യോഗികൾ ഗുരുക്കന്മാരെ ആ ലേപത്തിനെടുത്ത് ഈ കുട്ടിയുടെ വായിലേക്ക് ഞങ്ങളുടെ ഇട്ടുകൊടുക്കുന്നത് സഹൃത്സ്മപുഞ്ജ് അത് ഇട്ടത് എന്തായി ഉള്ളിലുള്ള കിൽബിഷം കളങ്കൊക്കെ പോയി ചിത്തം ശുദ്ധമായി താന്വഹം കൃഷ്ണകഥാ പ്രഗായതാം അനുഗ്രഹേണ ശ്രീണവം മനോഹരാഹ അവർ കൃഷ്ണകഥ ഭഗവത്കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടേയിരുന്നു താ ശ്രദ്ധയാമേ അനുപദം വിശൃൺവദ പ്രിയശ്രവസ അംഗ മമ അഭവദരുചി വ്യാസന ഹെ അംഗ എന്നാണ് വിളിക്കുന്നത് എന്താന്ന് വെച്ചാൽ തന്റെ ഗുരുവിനെക്കുറിച്ചും തനിക്ക് സത്സംഗത്തിൽ കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ചും പറയുമ്പോ കേൾക്കുന്ന ആളുകളെ കാണുമ്പോൾ ഒരു പ്രിയം അവർ രുചിയോടെ കേൾക്കുന്നത് കാണുമ്പോൾ അവരോട് ഒരു പ്രിയം ഹേ അങ്ക ഹേ വ്യാസരേ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് ഞാൻ എങ്ങനെ പറയും പ്രിയശ്രവസ് ഭഗവാനൊരു സെൽഫ് കോയിൻഡ് നെയിമാണ് ഭഗവാന് ഇവിടെ നാരദനായിട്ടൊരു പേരുണ്ടാക്കുന്നു എന്താ പേരെന്ന് വെച്ചാൽ പ്രിയശ്രവൻ കേൾക്കും പ്രിയം തോന്നുന്നവൻ്റെ പ്രിയശ്രവനായ ഭഗവാനോട് എനിക്ക് രുചിയുണ്ടായി അംഗമ അഭവദ്രുചിഹി തസ്മിൻ സദാ ലബ്ധ രുചേ ഹേ മനാ മഹാമുനെ പ്രിയശ്രവ്യ അസ്ഖലിതാമ തിർമ്മമ പതുക്കെ പതുക്കെ ബുദ്ധി ചലിക്കാതെ ഭഗവത് നിന്നും അത്ര ഇതാണ് സത്സംഗത്തിന്റെ ഫലം സത്സംഗത്തിൽ കേട്ട് കഴിയുമ്പോൾ പതുക്കെ രുചി ഉണ്ടാവണം പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ബുദ്ധി പതുക്കെ അതിനെ തന്നെ സ്മരിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ ഏർപ്പെടുന്ന അനുഭൂതിയെ സ്മരിച്ച് സ്ഖലിക്കാതെ ചലിക്കാതെ ആ സ്ഥിതിയിൽ അസ്ഖലിതാമ ഒരു ദിവസം അനുഭവം കുട്ടി ഇങ്ങനെ കേട്ട് കേട്ടിരിക്കണം ഒരു ദിവസം ഏകാന്തത്തിലിരിക്കുമ്പോൾ മുമ്പിലുള്ള പ്രപഞ്ചം മറിഞ്ഞുപോയി ശരീരം മറിഞ്ഞുപോയി യയാഹമേതായ പശ്യേ മൈ ബ്രഹ്മണി കൽപ്പിതം പറ ഞാനാകുന്ന ബ്രഹ്മത്തിൽ ചരവും അച്ചരവുമായി ഈ പ്രപഞ്ചം മുഴുവൻ കൽപ്പിതമാണെന്നും ഞാൻ വാസ്തവമായ പൂർണ്ണവസ്തുവാണെന്നും ഉള്ള അനുഭവം ഈ കുട്ടിക്ക് ദിവസം ഉണ്ടായി ഈ അനുഭവം ഉണ്ടായതും ചിലതൊക്കെ പഴം ഉണ്ടായ ശേഷം പൂക്കുന്നു പറയും രാമകൃഷ്ണപരമവംശ പൂത്തിട്ടല്ല പഴുക്ക പഴമുണ്ടാവാം കായം ഉണ്ടാവുക ചിലതൊക്കെ കായമുണ്ടായി പഴുത്തിട്ട് പൂക്കൂ അത്രേ അതുപോലെ അനുഭൂതി ഉണ്ടായ ശേഷം ഉപദേശം ഇവിടെ കുട്ടിക്ക് അനുഭൂതി ഉണ്ടായി ആചാര്യൻ അടുത്ത് വിളിച്ചു പറഞ്ഞു ജ്ഞാനം ഗുഹ്യതമം സാക്ഷാദ്യ ഭഗവതോദീത്തം ജ്ഞാനം ഉപദേശം ചെയ്തു സാധുക്കൾ അവരുടെ പാട്ടിൽ പോയി കുട്ടിക്ക് കൊടുക്കേണ്ടത് കൊടുത്താൽ അവർ നാരദ മനർഷി കുറച്ചു ദിവസം കൂടെ ചെറിയ കുട്ടി അഞ്ചു വയസ്സ് കൂട്ടി വീട്ടിൽ താമസിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അമ്മ മരിച്ചുപോയി അമ്മ മരിച്ചപ്പോ കരഞ്ഞോ വെച്ചാൽ അതും ഭഗവാന്റെ ഇച്ഛ അനുഗ്രഹം മന്യമാണ് അതും ഭഗവാന്റെ അനുഗ്രഹം ഒരു ബന്ധം ഉണ്ടായിരുന്നപ്പോ അതും പോയി സ്വതന്ത്രമായി മാതാ അനാസ്തി പിതാ അനാസ്തി നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി ഗൃഹം നാസ്തി തസ്മാത് ജാഗ്രത ജാഗ്രത സ്വതന്ത്രമായി അങ്ങനെ സഞ്ചരിച്ചു എവിടെയോ കാട്ടിൽ ചെന്നു ഏകാന്തത്തിലും മരത്തിന്റെ ചുവട്ടിലിരുന്നു കുറച്ചു നേരം അങ്ങനെ കണ്ണടച്ചതും ഭഗവാന്റെ ആ ദിവ്യരൂപം മുമ്പിൽ വന്ന് ഭാവസമാധി ഉണ്ടായി ശങ്കചക്ര ഗതാപാണിയായി ഭഗവാനെ കണ്ടു പ്രേമാധിപര നിർഭിന്ന പുളകാങ്കോ അതിനിർവൃത ആനന്ദ സുപ്ലവേ ലീനോ നാപശ്യമുഭയം മുനെ പ്രേമമാവുന്ന മഹാസമുദ്രം തിരയടിച്ച് തിരയടിച്ച് ശരീരം മറഞ്ഞുപോയി മനസ്സ് മറഞ്ഞുപോയി പ്രപഞ്ചം മറഞ്ഞുപോയി പക്ഷെ കുറച്ചു കഴിഞ്ഞതും വീണ്ടും മനസ്സിന്റെ ലോകത്തിലേക്ക് വന്നു കരഞ്ഞു എനിക്ക് ആ അനുഭൂതി പോയിയല്ലോ എന്ന് കരഞ്ഞപ്പോ ഒരു അശരീതിവാണി കേട്ടു കരയരുത് ഈ ജന്മത്തിൽ അങ്ങക്ക് എന്റെ ദർശനം ഉണ്ടാവില്ല നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് ജീവിക്കുക അടുത്ത ജന്മം അങ് പൂർണ്ണനായി ജനിക്കും ഇതൊരു വ്യാജം എന്താ വ്യാജം എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഇച്ഛം ഒരു സ്റ്റേജിനും എന്റെ ഫലേച്ചേ വിടണം അല്ലെങ്കിൽ പൂർണ്ണമാവില്ല നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണം ഉണ്ടാവോ ഉണ്ടാവോ ഭഗവത് ദർശനം ഉണ്ടാവോ അതും കുറച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി ഈ ജന്മത്തിലുണ്ടാവില്ല പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കില്ലല്ലോ പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ നാമാനി അനന്തസ് ഹതത്ര ഗുഹ്യാനി ഭദ്രാണി കൃതാണി ച സ്മരന് കാം പര്യടൻ തുഷ്ടമനാ ഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് ഭഗവത് ദിവ്യരൂപം ധ്യാനിച്ചുകൊണ്ട് ഭാവാവിഷ്ഠനായി നടന്നു ആ നാരദ മഹർഷി ഇങ്ങനെ തന്റെ പൂർവകഥ പറഞ്ഞു അടുത്ത ജന്മത്തിൽ നാരദനായി ജനിച്ചു ഷിയായി ജനിച്ചു ഈ കഥ പറഞ്ഞുകൊടുത്ത് വ്യാസാശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ സൂതൻ മനസ്സുകൊണ്ട് അത് കണ്ടുകൊണ്ട് അഹോ ദേവഋഷിർ ധന്യൂയം ഈ ദേവ ഋഷി എത്ര ധന്യനാണ് ഇങ്ങനെ നാമസങ്കീർത്തനം ചെയ്ത് ഭജന ചെയ്തുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കണമല്ലോ ഞാനും ഈ നാരദനെ പോലെ ആവണം സഞ്ചരേമശുഖ നാരദാധിവത് എന്ന് മറ്റൊരു പ്രാർത്ഥിച്ചതും ഈ സന്ദർഭം വെച്ചുകൊണ്ടാണ് അങ്ങനെ നാരദൻ ഭാഗവത ദീക്ഷ കൊടുത്തു ഇനി ഭാഗവത രചന ഭാഗവതത്തിന്റെ പൂർവഭാഗങ്ങളൊക്കെ കാണാം